ഭക്തിയെ അല്പമൊന്ന് നമ്മള് ധ്യാനിച്ചു അനുസന്ധാനമാണ് ഭക്തി എന്ന് പറഞ്ഞു ഭക്തിസൂത്രത്തിൽ ശ്രീനാരദ മഹർഷി സാത്വസ്മിൻ പരമപ്രേമരൂപ ഭഗവാനിൽ നിർവചിക്കാൻ കഴിയാത്ത അനിർവചനീയമായ പരമമായ പ്രേമമാണ് ഭക്തി എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഭക്തി എല്ലാത്തിനെയും കടന്നു പോക്കുന്നു ആ അനുസന്ധാനം ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കർമ്മമൊക്കെ കൊഴിഞ്ഞു പോകുന്നു ഭക്തിയെ പലതരത്തിലായി നാരദ മഹർഷി തന്നെ പറഞ്ഞു പൂജാദിഷു അനുരാഗം ഭഗവത് കഥാദിഷു അനുരാഗം ആത്മരത്യ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് നാരദ മഹർഷി അവസാനം പറഞ്ഞു തദർപ്പിത അഖിലാചാരത തദ്വിസ്മരണേ പരമവ്യാകുലത സർവവും തത് അർപ്പിത അഖില ആചാരത എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഉള്ള ആചരണം ഒരു ക്ഷണനേരത്തേക്ക് മറന്നാൽ ജഷാണാമിപ തോയമീപ്സിതം വെള്ളത്തിലുള്ള മത്സ്യത്തിനെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് പുറത്തിട്ടാൽ അതെങ്ങനെ പെടയ്ക്കുമോ അതുപോലെ മനസ്സ് ഭഗവാനൊരു ക്ഷണം വിട്ട് പെരിഞ്ഞാൽ പെടയും ഇപ്പൊ വിരഹം നല്ലവണ്ണം സ്വതന്ത്രമായിട്ട് നമ്മള് നോക്കണം ഭക്തി പരമകാഷ്ടയിലെത്തി നിൽക്കുന്നു ഇവിടെ ഭഗവാൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ വൃഷ്ണികളുടെ മന്ത്രിയും തന്റെ സഖാവും ബൃഹസ്പതിയുടെ ശിഷ്യനും ഭക്തനുമായ ഉദ്ധവരെ അടുത്തു വിളിച്ചു ഉദ്ധവർക്കുള്ള വിശേഷണം ഇവിടെ കൊടുത്തത് അങ്ങനെയാണ് വൃഷ്ണീനാം പ്രവരഹ മന്ത്രി കൃഷ്ണസോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമഹ തമാഹ ഭഗവാൻ പ്രേഷ്ടം ഭക്തം ഏകാന്തിനം ക്വചിത്ത് അപ്പോ ഇവിടെ ഉദ്ധവരെ ഭഗവാൻ പറഞ്ഞിരിക്കുമ്പോൾ ഭട്ടതിരി ഒരു വാക്കു പറഞ്ഞു ഭക്തിദ്രേകം സകലഭുവനെ ദുർലഭം ദർശയിഷ്യൻ ഗോപസ്ത്രീകളുടെ മൂന്നു ലോകത്തിലും ദുർലഭമായ ഭക്തിയെ ഉദ്ധവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പോ എന്ന് വെച്ചാൽ എന്താ ഉദ്ധവർക്ക് ഭക്തിയില്ല എന്നാണോ അങ്ങനെയല്ല ഒരു ഭക്തന് ഇനി ഒരു ഭക്തി കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഭക്തി ഇല്ലാത്തവന് ഭക്തി കണ്ടാൽ എങ്ങനെ മനസ്സിലാവും ഭ്രാന്തെന്ന് പറഞ്ഞിട്ട് വരും ഒരു ഭക്തനെ ഇനി ഒരിടത്ത് ഭക്തി കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഭാഗവതം മുഴുവൻ സത്സംഗമാണ് അല്ലാതെ മേൽ താഴ് ഉയർത്തിപ്പറിയ താഴ്ത്തിപ്പറിയ എന്നുള്ളത് ഭാഗവത സമ്പ്രദായത്തിന് യോജിച്ചതല്ല പലതരത്തിൽ ഭക്തിയുണ്ട് ഭക്തി ഒരു തരത്തിലല്ല ഒരാളുടെ ഭക്തി ഇനി ഒരാൾക്ക് പറ്റില്ല ഭാഗവതത്തിൽ ആരംഭം മുതൽ നോക്കിയ അനേക ഭക്തി യശോദയുടെ ഭക്തി ഗോപസ്ത്രീകൾക്ക് യോജിക്കില്ല ഗോപസ്ത്രീകളുടെ ഭക്തി യശോദയ്ക്ക് എടുക്കാൻ പറ്റില്ല പ്രഹ്ലാദന്റെ ഭാവമല്ല ധ്രുവൻ ഉള്ളത് ധ്രുവന്റെ ഭാവമല്ല പ്രഹ്ലാദനുള്ളത് പ്രഹ്ലാദന്റെ ഭാവമല്ല ഗോപസ്ത്രീകളിൽ ഉള്ളത് ഉദ്ധവരുടെ ഭാവമല്ല അക്രൂരറിൽ കാണുന്നത് അക്രൂരരുടെ ഭക്തിയല്ല ഉദ്ധവരിൽ കാണുന്നത് ഉദ്ധവരുടെ ഭക്തി ഗോപസ്ത്രീകളിൽ ഗോപസ്ത്രീകളുടെ ഭക്തി ഉദ്ധവരിൽ ഇല്ല ഇങ്ങനെ എല്ലാവർക്കും അധ്യാത്മ ലക്ഷ്യം എല്ലാവർക്കും ഒന്നാണെങ്കിലും മാർഗം ഓരോരുത്തർക്കും ഓരോ മാർഗമാണ് ഓരോരുത്തർക്കും ഓരോ ഭാവം എത്ര വാസനാമയമായി ചിത്തമുണ്ടോ അതിനനുസരിച്ച് ഭാവം വേറെ വേറെ വേറെ അങ്ങനെയിരിക്കുമ്പോ എന്തുകൊണ്ടാണ് ഈ ഭാഗവതം പറയാൻ ശ്രീശുഖബ്രഹ്മ മഹർഷിയെ തെരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ സർവഭൂത ഹൃദയം മുനിമാനത്തോസ്മി അദ്ദേഹം സർവഭൂത ഹൃദയനാണ് ജീവൻമുക്ത പുരുഷൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ആത്മാവായി മാറുന്നു അപ്പൊ അദ്ദേഹത്തിന് ആദ്യം ഭാഗവതം ആരോപിക്കുമ്പോൾ സൂതമഹാമുനി സർവഭൂത ഹൃദയം എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഉദ്ധവരെക്കുറിച്ച് പറയുമ്പോ ശുഖാചാര്യർ ഉദ്ധവരായിട്ട് തീരും വിദുരരെ കുറിച്ച് പറയുമ്പോൾ ശുഖാചാര്യർ വിദുരരായിട്ട് തീരും ധ്രുവനെക്കുറിച്ച് പറയുമ്പോൾ ശുഖബ്രഹ്മമഹർഷി ധ്രുവനായിട്ട് തീരും വൃത്രനെക്കുറിച്ച് പറയുമ്പോൾ സുഖബ്രഹ്മമഹർഷി വൃത്രനായിട്ട് തീരും പ്രഹ്ലാദനെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ ശുഖബ്രഹ്മ മഹർഷി പ്രഹ്ലാദനായിട്ട് തീരും നാരദരെ കുറിച്ച് പറയുമ്പോൾ ശുഭബ്രഹ്മ മഹർഷി നാരദരായിട്ട് തീരും ഗോപസ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ശുഖബ്രഹ്മ മഹർഷി ഗോപസ്ത്രീകളായിട്ട് തീരും യശോദയെക്കുറിച്ച് പറയുമ്പോൾ ശുഖബ്രഹ്മ മഹർഷി യശോദയായിട്ട് തീരും എന്തിനു പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ശുഖബ്രഹ്മ മഹർഷി സാക്ഷാത് കൃഷ്ണ ഭഗവാനായിട്ട് തീരും അങ്ങനെ ഒരേ ഒരാളേ ഉള്ളൂ ഈ ഭാഗവത കഥ പറയുന്ന സുഖാചാര്യം സർവഭൂത ആരും താനാണ് എല്ലാവരിലും താൻ പ്രവേശിച്ചു പറയാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കഥാവക്താവായി തെരഞ്ഞെടുത്തത് വ്യാസഭഗവാൻ സർവഭൂത ഹൃദയനാണ് ഭക്തിയും തന്നിലാക്കി അപ്പൊ അദ്ദേഹത്തിന് വിരോധമോ ഏറ്റോ ഉണ്ടോ അദ്ദേഹത്തിന് വേറെ ആരെങ്കിലും ഒരാൾ താഴ്ന്നതോ ഒരാൾ മേലേന്ന് കാണിക്കാനോ ഒരിക്കലും സാധ്യമല്ല ഉച്ചനീചാവമേ ഇല്ല എല്ലാവർക്കും അവരവരുടെ ഭാവത്തിലുള്ള ഭക്തി സത്സംഗമാണ് ഭാഗവതത്തിൽ സത്സംഗം അപ്പോൾ ഉദ്ധവരെ ഭഗവാൻ അടുത്തു വിളിച്ചു കിഞ്ചാമുഷ്മൈ പരമസുഹൃദക്തായ ഇവ പദങ്ങളൊക്കെ നോക്കണം ഭക്തവര്യനും തന്റെ പരമസുഹൃത്തും ഒരു വാക്ക് ഭാഗവതത്തിൽ പ്രയോഗിച്ചു പ്രേഷ്ഠം എന്ന് പറഞ്ഞു ്രേഷ്ഠം എന്ന് വെച്ചാൽ ഇനി ഒരു വാക്ക് അങ്ങോട്ട് പറയാനില്ല അതാണ് പ്രേഷ്ഠം പ്രിയത്തിന്റെ പരമകാഷ്ട അത് ഉദ്ധവർക്ക് വിശേഷണമായി വെച്ചു പ്രേഷ്ഠം ഏകാദശത്തിൽ ഒരിടത്ത് ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു എനിക്ക് ശ്രീയോടോ സംഘർഷണനോടോ ലക്ഷ്മിയോടോ ബ്രഹ്മാവിനോടോ രുദ്രനോടോ പോലും ഉദ്ധവ തന്നോട് എത്ര കണ്ടു പ്രേമുണ്ടോ അത്ര കണ്ടു പ്രിയമില്ല ഉദ്ധവൻ ശരണാഗത ഭക്തൻ എന്നാ ഉദ്ധവോ അണു അപ്പി മന്യൂനഹ ഉദ്ധവൻ ഒരണുപോലും എന്നെക്കാളും ന്യൂനനല്ലാണ് എന്ന് ഭഗവാനെ പറഞ്ഞു ഉദ്ധവരോ വരെയോ പറഞ്ഞതല്ല ഭഗവാനെ പറഞ്ഞു ഉദ്ധവൻ ഒരണുപോലും എന്നെക്കാളും കുറവല്ല ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം ഉദ്ധവരെ ബുദ്ധി സത്തമഹ എന്ന് പറഞ്ഞത് കൊണ്ട് കയറി പിടിച്ചിട്ട് ഉദ്ധവർക്ക് ബുദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭക്തി എന്നും ഉദ്ധവർക്ക് ഭക്തി എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഗോപസ്ത്രീകളുടെ അയച്ചത് എടുത്ത് അയച്ചതെന്ന് ഒരു ഒരു വ്യാഖ്യാനം പൊതുവേ പ്രചാരത്തിലുണ്ട് ഭാഗവതത്തിനെ പ്രമാണമാക്കിയാൽ നമുക്കത് ഒരു പ്രമാണവും ഭാഗവതത്തിൽ ഒരു പ്രമാണവും പരസ്പരം ഗോപസ്ത്രീകളുടെ ഭക്തിയെ കണ്ട് ഉദ്ധവര് വികാരഭരിതനായി വീണു വീണു നമസ്കരിക്കുന്നു ഉദ്ധവരുടെ ഭാവം കണ്ട് ഉദ്ധവര് ഓരോ വാക്കുകളായി ഞാൻ എടുത്തു പറയാം ഇത്തരത്തിലുള്ള വിരോധങ്ങളൊക്കെ പരിഹരിക്കണം അല്ലെങ്കിൽ ഭക്തിയിൽ മേലെ ചുവട്ടൽ എന്നുള്ള ഭാവമൊക്കെ വരും അവർക്ക് കാണിച്ചു കൊടുക്കണു ഇവർക്ക് കാണിച്ചു കൊടുക്കണു എന്നുള്ള രാഗദ്വേഷം നിർമത്സരാണാം സതാം അതിവിടെ വരാൻ പാടില്ല എല്ലാവർക്കും ആ ഓരോ ഭക്തിക്കും ഓരോ അഴകമുണ്ട് എന്തിനാ ഇത്തര ഭക്തി എല്ലാവരും ഗോപസ്ത്രീകളെ പോലെ ആവണം എന്ന് വെച്ചാൽ ഗോപസ്ത്രീകളുടെ ഭാവം എല്ലാവർക്കും മധുരഭാവമാണ് ഗോപസ്ത്രീകൾ ചിലർക്ക് ദാസ്യഭാവമേ പറ്റുള്ളൂ ചിലർക്ക് ശാന്തഭാവമേ പറ്റുള്ളൂ ചിലർക്ക് വാത്സല്യഭാവമേ പറ്റുള്ളൂ ചിലർക്ക് ഭൃത്യഭാവമേ പറ്റുള്ളൂ ഓരോരുത്തരുടെ ഭാവം ഓരോ രീതിയിലാണ് ചിലർക്ക് കാമ്യഭക്തിയെ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഭക്തന്മാരെയും ഭാഗവതത്തിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഒരാളെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയണില്ല പക്ഷേ പരമഭക്തിയെ എടുത്തു പറയുമ്പോൾ ഭക്തിക്ക് ഉദാഹരണമായിട്ട് നാരദ മഹർഷി പറഞ്ഞു യഥാ വ്രതഗോപികാനാം എന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ എല്ലാം വീണുപോയി അവർക്ക് ഒന്നും അറിഞ്ഞില്ല യാവജനം ആര്യപഥം ചഹിത്വാ ഭേജെ മുകുന്ദപദവിയും ശ്രുതിപ്പെരുവിമറിക്കാം അവർക്ക് ബന്ധുക്കളോ സന്യാസം സന്യാസത്തിനും ഗോപസ്ത്രീകളുടെ ഭക്തിക്കും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ സന്യാസത്തിൽ ബന്ധുക്കളെയും വസ്തുക്കളെയും ഒക്കെ ഉപേക്ഷിക്കും പക്ഷേ സന്യാസി ആയിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ ബഹുമാനം അപ്പോഴും കിട്ടും കൂടുതൽ ബഹുമാനം കിട്ടും സന്യാസി ആയിക്കഴിഞ്ഞാൽ സാധാരണ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ബഹുമാനം സന്യാസിക്ക് കിട്ടും അപ്പൊ ആ ബഹുമാനം എന്നൊരു രസത്തിനെ വെച്ചുകൊണ്ടേ ലോകത്തിന് ഉപേക്ഷിക്കാം പക്ഷേ ഇവര് ബന്ധുക്കളെയും മറ്റു വസ്തുക്കളെയും ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല നാലുപേര് കണ്ടുകഴിഞ്ഞാൽ പാതിവൃത്യം ഉപേക്ഷിച്ചവരെന്ന് പറയൂ അത്രേ സ്വജനം ആര്യപഥം ചിത്വ ഭേജെ മുകുന്ദ പദവീം അങ്ങനെ എല്ലാവരും തള്ളിക്കളഞ്ഞാൽ ആ അഹങ്കാരത്തിന് ഒട്ട് സ്ഥാനമില്ലാതെ പോകണം ഗോപസ്ത്രീകളുടെ ത്യാഗത്തിൽ അങ്ങനെയുള്ള ഗോപികകളുടെ ഭക്തിയെ ഭഗവാനെ അവരെക്കുറിച്ച് അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു സ്മൃത്മൃത് പശുപദൃശാരണു കരുണ്യ ത്വമി വിവശ പ്രാഹിണോ ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞേച്ചു ദൃഷ്ടന്മാഹാത്മ്യ പ്രതി പ്രതിമ പിശുനം ഗോകുലം പ്രാപ്യസായം ത്വാർത്താഭിർബുസരമയാമാസനന്ദം യശോദ ഗോകുലത്തിലേക്ക് ഉദ്ധവർ പോകുമ്പോ പരമഭാഗവതൻ പരമശാന്ത പ്രകൃതി ഉദ്ധവൻ മഹാഭാരതത്തിലോ മറ്റോ ഒക്കെ ഉദ്ധവരുടെ കഥാപാത്രം എങ്ങനെയെന്ന് നോക്കിയാൽ നിഴൽ ഭാഗവതത്തിലെ പറയുന്നു എനിക്ക് കൃഷ്ണനല്ലാതെ ഒന്നും അറിയില്ല പുറകെ നടന്നു ഉച്ചിഷ്ട ഭോജിനോ ദാസാഹ അത് ഭാഗവത അവചാരമായിട്ട് പോവും ഉദ്ധവരെ നിന്ദിച്ചാൽ അല്ലെ ഉച്ഛിഷ്ട ഭോജിനോദാസാഹ എന്നാണ് അപ്പോ ആ ഉദ്ധവര് വ്രജത്തിലേക്ക് പോയി വ്രജത്തിൽ പോയി യശോദയും നന്ദഗോപുരും കൂടെ ഉദ്ധവരെ വരവേറ്റു പരമപ്രിയമായി ഉദ്ധവരെ അവർ സത്കരിച്ചു ആദിത്യസത്കാരം കഴിഞ്ഞ് രാത്രി മുഴുവൻ കൃഷ്ണകഥയെ പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ മനസ്സ് വേറെ ഒന്നിലിരിക്കുന്നു നമുക്ക് ഏതിൽ പ്രിയം ഏർപ്പെട്ടുവോ അതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടോ അത് തകട്ടും അല്ലെ എന്ത് തിന്നുവോ അത് തകട്ടും എന്തുള്ളിലുണ്ടോ അത് തകട്ടും സാധാരണ മനുഷ്യന് അങ്ങനെയൊന്നും ഭഗവത് കഥ പറയാൻ പറ്റില്ല പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പറ്റില്ല എത്ര നേരം തന്നെ ഇതേ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അറിയാതെ നമ്മൾ ആരെങ്കിലും വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും കണ്ടാലും കുറച്ചൊക്കെ ഭഗവത് കഥ പറഞ്ഞാലും അവർ കുറച്ചു നേരം അതേ അതേ അദ്ദേഹം തലയാട്ടും എന്ന് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഇടയിൽ കിട്ടിയാൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അങ്ങനെ വല്ലതും ഒക്കെ വർത്തമാനം പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല ജോലിയുണ്ടോ പണം സമ്പാദിക്കണ്ടോ കുട്ടികളുണ്ടോ ഇത് ഈ വർത്തമാനത്തിലേക്ക് അറിയാതെ വീണു പോകും യശോദയ്ക്കും നന്ദഗോപർക്കും കൃഷ്ണനല്ലാതെ ഒന്നുമില്ല രാത്രി മുഴുവൻ കൃഷ്ണകഥ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇത് ഒരു സമ്പ്രദായം അഖണ്ഡാനന്ദ സ്വാമികൾ മനോഹരമായി ഈ ഭാഗങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭക്തി സമ്പ്രദായം അറിഞ്ഞാൽ തന്നെ നമുക്കിത് മനസ്സിലാവും ഇവർ ഇവരുടെ പരമഭക്തി ലോകത്തിൽ ഒന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത ഉയർന്ന ഭക്തി പിന്നെ എന്തിനു ഭഗവാൻ ഉദ്ധവരെ അയച്ചു ഉദ്ധവർക്ക് ഒരു പക്ഷേ ഇവരെ പോലെ അത്ര ഉയർന്ന ഭാവഭക്തി ഇല്ലായിരിക്കാം പക്ഷേ ഉദ്ധവരെ ഭഗവാൻ അയച്ചതിനൊരു കാരണം ആ ഭക്തിയുടെ കൂടെ അല്പമൊരു ശോകമുണ്ട് ആ ശോകം അവിടുന്ന് നീക്കണം അത്രയേ ആ ഭക്തിയുടെ കൂടെ പരമമായ ഭാവഭക്തിയോടുകൂടെ അല്പമൊരു ശോകമുണ്ട് ആ ശോകത്തിന് കാരണം കൃഷ്ണൻ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു എന്നൊരു ഭാവം ആ പിരിഞ്ഞു എന്നുള്ളത് നീക്കിയാൽ പിരിയാനൊന്നുമില്ല ഇവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിരിക്കണോ ചെറുതായിട്ടൊരു ശോകം നമ്മൾ ഇന്നലെ കുറച്ച് മുമ്പ് പറഞ്ഞുവല്ലോ ചിലതിൽ അനുസന്ധാനം ആദ്യം ഏർപ്പെട്ടിട്ട് തത്വജ്ഞാനം പിന്നാലെ വരും അത് വളരെ ശ്രേഷ്ഠം ചിലർക്ക് തത്വജ്ഞാനം ഏർപ്പെട്ടിട്ട് അനുസന്ധാനം ഏർപ്പെടാതെ വളരെ ജന്മങ്ങൾ കഷ്ടപ്പെടും വളരെ കാലം കഷ്ടപ്പെടും ഇവർക്ക് അനുസന്ധാനം ഏർപ്പെട്ട് കഴിഞ്ഞു ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ട് എന്തോ അത് കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പൊ അതിന്റെ കൂടെ അല്പമൊരു തത്വജ്ഞാനം ചേർക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല യാതൊരു വിഷമവും ഇല്ല വിഷമമേ ഇല്ല അർജുനന് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത് യുദ്ധം ചെയ്യാനല്ല യുദ്ധം ചെയ്യാന്നുള്ളത് അർജുനന്റെ പ്രകൃതി പക്ഷെ അർജുനന് ഏർപ്പെട്ട ശോകം യുദ്ധം ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിന്നു അതുകൊണ്ട് ഉപദേശിച്ചത് യുദ്ധം ചെയ്യാനല്ല ശോകത്തിനെ നീക്കാൻ ശോകത്തിനെ നീക്കിയാൽ അർജുനൻ സ്വയമേവ യുദ്ധം ചെയ്തോളൂ ഭഗവാൻ അറിയാം മൈക്ക് കേടുവന്നാൽ നമ്മൾ മൈക്കിന് റിപ്പയർ ചെയ്താൽ മൈക്ക് വീണ്ടും വർക്ക് ചെയ്യും പക്ഷേ മൈക്കിന് എന്ത് സ്വഭാവമോ അതേ കാണിക്കുള്ളൂ മൈക്ക് റിപ്പയർ ചെയ്താൽ മൈക്ക് സ്വയമേവ പാട്ടുപാടുകൊന്നും ചെയ്യില്ല മൈക്കിന് വോള്യൂം തരാനുള്ള കഴിവുണ്ടാവും അതേപോലെ അർജുനന് യുദ്ധം ചെയ്യാനുള്ള ശക്തി ഉണ്ട് പക്ഷേ ഏർപ്പെട്ട ശോകം അതിന് തടസ്സമായിട്ട് നിന്നു അതിനെ ഉപദേശിച്ച് ശോകം നീക്കി ഇപ്പോ യശോദയ്ക്കും നന്ദഗോപർക്കും ഏർപ്പെട്ട ഭക്തിയെ ഉദ്ധവർ കണ്ട് നമസ്കരിക്കും യുവാം ശ്ലാഘ്യതമോനൂനം നാരായണേ അഖിലാമതിരീദൃശീ നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ് ശ്ലാഘ്യതമോനൂനം ഇത്തരത്തിലൊരു ശ്രേഷ്ഠമായ ഭക്തി നിങ്ങൾക്ക് ഏർപ്പെട്ടുവല്ലോ ഒന്നാണ് ഇതാർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഭക്തിയെ ഉദ്ധവർ വാഴ്ത്തി അതോടൊപ്പം പറഞ്ഞു നിങ്ങൾ കരയരുത് ഇവിടെ ഒരു അത്യത്ഭുതമായി ഭഗവത് സ്വരൂപത്തിനെ വർണ്ണിക്കണം നമ്മൾ ഈ വേണ്ടാത്ത സങ്കല്പത്തിൽ പെട്ടിട്ട് ഭാഗവതം വ്യാഖ്യാനിക്കുമ്പോൾ കൽപ്പനക്ക് പ്രാമുഖ്യം കൊടുത്തു വികാരത്തിന് പ്രാമുഖ്യം കൊടുത്തിട്ട് ഭക്തി എന്നുള്ളത് ഭക്തി ആർക്കുണ്ട് ഭക്തി എവിടെ കിടക്കണം കൽപ്പനയ്ക്ക് പെട്ടിട്ട് ഭാഗവതത്തിനൂടെ നമുക്ക് അസൂയ വന്നു പോകണം ഭാഗവതത്തിലുള്ള പല ഭാഗങ്ങളും നമ്മൾ കാണുന്നില്ല അങ്ങനെ കണ്ടാലും അതിനെ തലതിരിച്ച് വ്യാഖ്യാനിക്കും ബുദ്ധവര് ഭഗവാന്റെ സ്വരൂപത്തിനെ വർണ്ണിച്ചു കൊടുക്കണു അവരോട് പറഞ്ഞു എന്തിനാ കൃഷ്ണൻ പിരിഞ്ഞു എന്ന് പറഞ്ഞു ദുഃഖിക്കുന്നത് അന്തർഹൃതി സഭൂതാനാം ആസ്തേ ജ്യോതിരിവൈധസി അഗ്നി പോലെ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ആത്മവസ്തുവായി ആ സർവേശ്വരൻ ഇരിക്കണമല്ലോ നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു ഭഗവാന് പ്രത്യേകിച്ചാരോടും ആസക്തിയില്ല പ്രത്യേകിച്ച് ആരോടും ദ്വേഷമില്ല സമൂഹം സർവഭൂതേഷു എന്നാലും ആരുടെ മനസ്സ് നിൽക്കുന്നു അവർക്ക് ഭഗവാൻ സ്വന്തം പ്രത്യേകിച്ച് അവൻ ആരമ്മ ആരച്ഛൻ സർവഭൂതങ്ങളിലും വ്യാപിച്ച് നിൽക്കുന്ന ആത്മാവാണ് ഭഗവാൻ സർവഭൂതങ്ങൾക്കും ഭഗവാൻ ആത്മാവായും പുത്രനായും അച്ഛനായും അമ്മയായും ഒക്കെ ഇരിക്കുന്നു ഈ കാണുന്ന പ്രപഞ്ചത്തിൽ അജ്ഞാനം കൊണ്ട് കർത്തൃത്വം തോന്നുന്നത് കൊണ്ട് ഈ ജീവൻ മായൽ കുടുങ്ങിപ്പോകുന്നു യഥാ ഭ്രമരികാ ദൃഷ്ടിയ ഭ്രാമ്യതീവ മഹീയത്തെ ചിത്തെ കർത്തരി താത്മാ കർത്തേവ അഹം ധിയ സ്മൃത ദൃഷ്ടം ശ്രുതം ഭൂതഭവത് ഭവിഷ്യത് സ്ഥരിഷ്ണു മഹദ് അൽപ്പകം ച വിനാ അച്യുതാത് വസ്തുതരാം നാക്യം സയേവ സർവം പരമാർത്ഥഭൂത കഴിഞ്ഞുപോയതിലും വരാൻ പോകുന്നതിലും നടക്കുന്നതും ഒക്കെ ചരവും അചരവുമായി പ്രപഞ്ചം മുഴുവൻ ചിന്തിച്ചു നോക്കിയാൽ അച്യുതനല്ലാതെ വസ്തുവായിട്ടൊന്നുമില്ല അച്യുതനല്ലാതെ ഇവിടെ വസ്തുവായിട്ട് വേറെ ഒന്നുമില്ല സയേവ സർവം പരമാർത്ഥഭൂത ഈ കാണുന്നത് മുഴുവൻ ആ ആ ഭഗവാനല്ലാതെ ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു രാത്രി പോയി ഏവം നിശാസാ ഭ്രുവതോഹോ വ്യതീത നന്ദ കൃഷ്ണാണുചരസ്യ രാജൻ അങ്ങനെ രാത്രി മുഴുവൻ പറഞ്ഞുകൊണ്ടേ ഈ കൃഷ്ണകഥ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ആത്മാവാണ് സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു ഇങ്ങനെ പറഞ്ഞപ്പോ ആരോ പറഞ്ഞു സർവഭൂതങ്ങളിലും വസിക്കുന്ന ആത്മാവാണ് കൃഷ്ണൻ എല്ലാവർക്കും സ്വന്തമാണോ എന്ന് പറഞ്ഞപ്പോ യശോദ ഉദ്ധവരോട് ദേഷ്യപ്പെട്ട് വടിയെടുത്തു അത്രേ അങ്ങനെ ഒരു കഥ കേട്ടു ഞാൻ എന്റെ കൃഷ്ണനെ അങ്ങനെ പറയണോ എന്നാണ് വടിയെടുത്തതപ്പോ ഉദ്ധവരുടെ അടുത്തല്ല വേണ്ടിയിരുന്നത് വ്യാസനോടാണ് ഇത്രയൊക്കെ എഴുതിയ വ്യാസനോട് വ്യാസഭഗവാൻ സർവഭൂതങ്ങൾക്കും ബ്രഹ്മതത്വം അറിയപ്പെടട്ടെ ആത്മാനുഭവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഭക്തിയും ജ്ഞാനത്തിനെയും യാതോ വിരോധം കൂടാതെ സമ്മേളിപ്പിച്ച് എഴുതി നമ്മൾ എന്തിനാ അജ്ഞാനം കൊണ്ട് വിരോധം ഉണ്ടാക്കണം വ്യാസൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ പോരേ നമ്മളുടെ കൽപ്പന കൽപ്പനയൊക്കെ ഭാഗവതത്തിനെ ബാധിക്കാത്ത വിധത്തിൽ കൽപ്പനകൾ പറയാം ഭാഗവത സിദ്ധാന്തത്തിനെ ബാധിക്കാത്ത വിധത്തിൽ കൽപ്പനകൾ പറയാം പക്ഷെ രസിപ്പിക്കാൻ വേണ്ടിയോ ആളുകൾക്ക് അങ്ങോട്ട് പ്രീതിപ്പെടാൻ വേണ്ടിയിട്ടോ നമ്മളുടെ വികാരം മേലെ പൊന്തി പോകരുത് എല്ലാത്തിനും നിൽക്കേണ്ടിടത്ത് നിൽക്കണം എങ്ങനെ ഉണ്ടോ അങ്ങനെ നിൽക്കണം അതിൽ നമ്മളുടെ വികാരം തല എല്ലാത്തിനും പ്രമാണം ശ്രുതിയാണ് പ്രമാണം പരമാചാര്യന്മാരാണ് അവർ പറഞ്ഞതിനു മേലെ വേറൊന്നും പറയാനേ ഭാഗവതത്തിൽ രണ്ടും എല്ലാ ഏതാചാര്യന്മാരെയും നോക്കിക്കോളും സാധാരണ പണ്ഡിതന്മാരെ നോക്കരുത് ജ്ഞാനികളെ നോക്കണം ജ്ഞാനികളുടെ വ്യാഖ്യാനത്തിനെ നോക്കണം അവരുടെ വഴിക്ക് പോണം അവിടെ വിരോധമേ കൽപ്പിക്കാതെ രണ്ടിനെയും ഒരേ സമ്മേളിച്ചുകൊണ്ട് ഭക്തിയും ജ്ഞാനത്തിനെയും വിട്ടുമാറ്റാതെ ഒന്നും ഒന്നും അറിയാ പോയി ജ്ഞാനമില്ലാതെ ഭക്തിയായാൽ കാമ്യഭക്തിയായിട്ട് തീരും അതിൽ സൂക്ഷ്മമായി കാമന കിടക്കും ഭക്തിയില്ലാതെ ജ്ഞാനമായാൽ അത് വെറും പുസ്തകജ്ഞാനമായി പാണ്ഡിത്യം മാത്രമായിട്ട് തീരും ഇത് രണ്ടും കൂടെ സമ്മേളിച്ച് പരിപൂർണ അനുഭവമായിട്ട് നിൽക്കണം അപ്പോ ഉദ്ധവര് കുറച്ചു നേരം ഇങ്ങനെ അവരുടെ ഭക്തിയെ ഉദ്ധവർ ആസ്വദിച്ചു ഉദ്ധവര് ഭഗവത് സ്വരൂപം പറയുന്നതിനെ അവരും ശ്രദ്ധയോടെ കേട്ടു അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നേരം വെളുത്തു നേരം വെളുത്ത ഗോപസ്ത്രീകൾ രാത്രി ഉറക്കമില്ല മൂന്ന് പേര് ഉറങ്ങില്ല എന്ന് രാമകൃഷ്ണ പരമാംസർ പറയൂ രോഗികൾ ഉറങ്ങില്ല ഭോഗികൾ ഉറങ്ങില്ല യോഗികളും ഉറങ്ങില്ല രോഗികൾക്ക് വ്യാധി കാരണം ഉറക്കമില്ല ഭോഗികൾക്ക് ഭോഗം കാരണം ഉറക്കമില്ല രോഗി യോഗികൾക്ക് ധ്യാനം കാരണം ഉറക്കമില്ല ഇവിടെ ധ്യാനം ഭഗവാനിൽ ധ്യാനം ഏർപ്പെട്ട് രാത്രി മുഴുവൻ ഉറക്കമില്ലാത്ത ഭഗവത് കഥകൾ പറഞ്ഞ് കഴിച്ചുകൂട്ടി രാവിലെ എഴുന്നേറ്റവും ദൃ്വാണിമയരഥം ശങ്കിത പങ്കജക്ഷ്യുവാ പ്രാതംചരം തൃക്തകാര്യ സമീയു രാവിലെ എഴുന്നേറ്റു ഗോപികൾ സുപ്രഭാതം പാടുമ്പോ തന്നെ ഗോവിന്ദ ദാമോദരമാധവേദീന്ന് കീർത്തിച്ചുകൊണ്ട് എഴുന്നേൽക്കാണ് ഉദ്ഗായതീ നമരവിന്ദലോചനം ്രജാങ്കനാം ദിവമസ്പൃശധ്വനിമന്ത്രണ ശബ്ദമിശ്രിതോ നിരസ്യതേ നിശാമംഗളം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ നന്ദഗോപുരുടെ ഗൃഹത്തിന്റെ മുമ്പില് ഒരു സ്വർണരഥം നിൽക്കണം ആരാണ് വന്നിരിക്കുന്നത് അക്രൂരൻ വന്നതായിരിക്കും അക്രൂരൻ ഇനി ഇവിടെ എന്ത് കാര്യം ലോകത്തിൽ അവർക്ക് അക്രൂരനെ പോലെ ഒരു ദുഷ്ടൻ വേറെ ആരുമില്ല അവരുടെ കണ്ണില് ഈ അക്രൂരൻ എന്തിനു വന്നിരിക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഉദ്ധവര് സന്ധ്യാവന്തനാദികളൊക്കെ കഴിഞ്ഞ് നന്ദഗോപുരുടെ ഗ്രഹത്തുനിന്ന് പുറത്തിറങ്ങിയത് കണ്ടപ്പോ അവരോടി അടുത്തു ചെന്നു അത്ര വെച്ചാൽ അച്യുതവേഷണ കൃഷ്ണൻ കഴുത്തിലണിഞ്ഞ് അഴിച്ചുവെച്ച മാല ഉദ്ധവര് കഴുത്തിലണിഞ്ഞിരിക്കുന്നു ഉദ്ധവര് കൃഷ്ണനെ പോലെ തന്നെ നീലമേഘവർണം കൃഷ്ണനെ പോലെ തന്നെ കിരീടം കൃഷ്ണനെ പോലെ തന്നെ പീതാംബരം കൃഷ്ണനെ പോലെ തന്നെ രൂപം തം ദൃഷ് കൃഷ്ണാനുചരം വ്രജസ്ത്രിയലം ബബാഹും നവകഞ്ചലോചനം താമരക്കണ്ണ് പീതാംബരം പുഷ്കരമാലിനം ലസൻമുഖാറവിന്ദം മണിമൃഷ്ടകുണ്ടലം കാണാനെല്ലാം അച്യുതനെ പോലെ തന്നെ ഗോപസ്ത്രീകൾ കൃഷ്ണനല്ലാതെ ഒരു പരപുരുഷന്റെ അടുത്തേക്ക് പോവില്ല അങ്ങനെ ഇരിക്കുന്നവരോടി ചെന്ന് വളഞ്ഞു അത്ര ഉദ്ധവരെ ഉദ്ധവരെ ചെന്ന് എല്ലാരും കൂടെ വളഞ്ഞു ശുചിസ്മിതപിച്ഛർ കുതമേശൂഷണർ ഉത്സുഖാ ഒരു മറ്റൊരു പുരുഷന്റെ മൂ ചുറ്റും എങ്ങനെ ചെന്ന് ഈ സ്ത്രീകൾ വളഞ്ഞു നിൽക്കും എന്ന് വച്ചാൽ മറ്റൊരു പുരുഷൻ തോന്നിയില്ല അവർക്ക് എന്തു തോന്നി വെച്ചാൽ ഇതി സ്മ സർവാ പരിവവ്രുഹു ഉത്സുഖാ ഉത്തമശ്ലോക പദാംബുജ ആശ്രയം ഉത്തമശ്ലോകനായ ഭഗവാന്റെ പാദാംബുജമേ ഗതി എന്നിരിക്കുന്നു ഉദ്ധവരെ ചെന്ന് ചുറ്റി വളഞ്ഞു എത്രയിടം എവിടെയെങ്കിലും ഒരിടത്ത് ഉദ്ധവരെ താഴ്ത്തി പറയുന്നുണ്ടോ നോക്കൂ സത്സംഗത്തിന്റെ രുചി അറിഞ്ഞാൽ നമുക്ക് ഈ മാതിരി ഭാവങ്ങൾ വരില്ല തം ഉത്തമ ശ്ലോക പദാംബുജ ആശ്രയം അവര് ഉദ്ധവരെ കണ്ടു പറഞ്ഞു അങ് കൃഷ്ണ സന്ദേശവുമായി ഇവിടെ വന്നിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ദൃഷ്ടം സദ്വേഷൂഷാഭിരാമം ത്വുപമല സദ്വേഷഭൂഷാഭിരാമം സ്മൃത്ത സ്മൃത്തവ വിലസിത ഉച്ചകൈ സ്ഥാനി രുദ്ധാലാപാഹ കഥമഭി പുനർഗൽഗദാം സൗജന്യാദിജപരഭിതാമപ്യലം വിസ്മരന്യ അന്യൻ സ്വന്തം എന്നുള്ള ഭേദമൊക്കെ തീരെ മറന്നു കണ്ട് കളഞ്ഞ് തൊണ്ടേടറി കൊണ്ട് ഉദ്ധവരോട് ചോദിച്ചു അങ്ങ് ഭഗവാൻ പറഞ്ഞിട്ട് വന്നതാ അല്ലേ ശ്രീമൻകിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദയേൻ ഇവര് പറയണത് നിർദയൻ ദയയില്ലാത്ത കൃഷ്ണൻ ദയയില്ലാത്ത ആ കൃഷ്ണൻ തന്റെ അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കണോ എന്ന് അറിഞ്ഞിട്ട് വരാനായി പറഞ്ഞതാല്വാസൗ കാന്താനുദൃശാം ആ ഭഗവാനെ ഞങ്ങൾക്കൊട്ട് കാണാൻ പറ്റണില്ലല്ലോ നഗരസുന്ദരിമാർക്ക് കാന്തനായി തീർന്നിരിക്കുന്നു അവൻ ഗോപസ്ത്രീകൾ പറഞ്ഞു ഉദ്ധവരോട് ഉദ്ധവാ അവിടുന്ന് കൃഷ്ണൻ പറഞ്ഞയച്ച് സന്ദേശഹരം രമാപത്തെ ഇവിടെ ഇപ്പോൾ വന്നത് എന്തിനാ സാധാരണ ഒരു മരത്തിൽ നിന്നും പഴം കഴിഞ്ഞാൽ പക്ഷികൾ വിട്ടുപോവും പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ ആചാര്യനെ ശിഷ്യന്മാര് വിട്ടുപോവും ഒരു സ്ത്രീയുടെ അടുത്തുള്ള തനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുരുഷൻ വിട്ടിട്ടു പോവും ഒരു പണക്കാരന്റെ അടുത്ത് പണം കഴിഞ്ഞാൽ സേവകന്മാര് വിട്ടിട്ട് പോവും എല്ലാം അവരവരുടെ കാര്യം നടക്കണവരെ ലോകത്തിലുള്ള ബന്ധമുണ്ടാവും അത് കഴിഞ്ഞാൽ എല്ലാവരും വിട്ടിട്ട് പോകും ഇങ്ങനെയാണ് കൃഷ്ണനും അപ്പൊ കൃഷ്ണനെ ഉദ്ധവനെ വണ്ടിന് മൂന്നിനെ ഉദാഹരണം കൃഷ്ണൻ ഉദ്ധവരാരുടെ പ്രതിനിധി എന്ന് വെച്ചാൽ ഉദ്ധവര് ഭക്തന്മാരുടെ സാധുക്കളുടെ പ്രതിനിധി ഈ വണ്ടുണ്ട് തേൻ വണ്ട് കറുത്ത വണ്ട് ഉദ്ധവരും കറുപ്പ് കൃഷ്ണനും കറുപ്പ് വണ്ടും കറുപ്പ് വണ്ടിനൊരു പേര് മധുപന് പേര് മധുപാനം ചെയ്യുന്ന വണ്ട് ഉദ്ധവരെ പോലെയുള്ള ഭക്തന്മാരും ഒരു മധുപാനം ചെയ്യുന്നു ഭഗവത് അനുഭൂതിയാവുന്ന ലഹരി കുടിക്കുന്നു അവര് ഭഗവത് അനുഭൂതിയാവുന്ന ലഹരി ആസ്വദിച്ച് ഉന്മത്തന്മാരായിട്ടിരിക്കുന്നു ധ്രുവൻ പറഞ്ഞ പോലെ ഭക്തി മുഹുപ്രവഹതാം ത്വയ്മേ പ്രസംഗോ ഭൂയാദനന്ത മഹതാം ഏന അഞ്ചസാവ് ഉൽബണമുരു വ്യസനം ഭം നേ്യേ ഭവത്ഗുണ കഥാമൃത പാനമത്ത ഭഗവത്ഗുണ കഥാമൃതം ഭഗവത്ഗുണ കഥ അമൃതം കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്നവൻ ഭക്തൻ അവനും ഒരു ലഹരി മണ്ടയ്ക്ക് ലഹരി ഇവിടെ വണ്ടിനും ഒരു ലഹരി ഭഗവാനും ഒരു ലഹരി ഭഗവാൻ എന്താ ലഹരി ഭക്തന്മാരെ കാണുന്നതേ ഭഗവാന ലഹരി അതുകൊണ്ട് അവനും ഈ മൂന്ന് പേർക്കും ഇങ്ങനെ ഒരു ലഹരി കുടിക്കണ സ്വഭാവമുണ്ട് ഈ ലഹരി കുടിക്കണവരെയേ വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ ഈ വണ്ടുണ്ടല്ലോ അത് അലഞ്ഞുകൊണ്ടേയിരിക്കും ഒരിടത്ത് നിൽക്കില്ല ഒരിടത്തും അതിന് കടപ്പാടില്ല ഒരു പുഷ്പത്തിൽ ചെന്നിരുന്ന് തേൻ കുടിച്ചു കഴിഞ്ഞാൽ ആ പുഷ്പത്തിനോട് പിന്നെ തിരിഞ്ഞു നോക്കാതെ അടുത്ത പുഷ്പത്തിലേക്ക് പോവും ഈ ഭക്തന്മാരും അതേപോലെയാണ് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അവർ ഗ്രാമം നഗരം ഗ്രാമം നഗരമായി ചുറ്റിക്കൊണ്ടിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോകും കുറച്ചു കാലം അവിടെ നാമസങ്കീർത്തനം ചെയ്യും ഭജന ചെയ്യും കഥകൾ പറയും ഉപദേശങ്ങൾ കൊടുക്കും അവിടെ പൂജ ചെയ്യും അമ്പലത്തിൽ ഭഗവാനെ ആരാധിക്കും ഒരു വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ശാപ്പാട് കൊടുക്കും സുഖമായിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ആരോടും പറയാതെ ഒരു ദിവസം ഇറങ്ങി ഒരു പോക്ക് പോകും പിന്നെ തിരിച്ചേ വരില്ല ഫോൺ ഉണ്ടാവില്ല ലെറ്റർ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജീവിതം മുഴുവൻ കൃഷ്ണനും അതേ ജനിച്ച ദിവസം അലയാൻ തുടങ്ങി മധുരയിൽ ജനിച്ചു അന്ന് രാത്രിയെ തുടങ്ങി ടൂർ അടിക്കാനായിട്ട് ഇരിക്കാൻ പറ്റില്ല ചില കുട്ടികൾ വീട്ടിലിരുത്താനേ പറ്റില്ല കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കണം പുറത്ത് ഇത് ജനിച്ച ഉടനെ മധുരയിൽ നിന്ന് മധുരയിൽ നിന്നും നേരെ ഗോകുലത്തിൽ പോയി ഗോകുലത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് പോയി വൃന്ദാവനത്തിൽ നിന്ന് പിന്നെയും മധുരയിലേക്ക് വന്നു മധുരയിൽ നിന്നും ദ്വാരകയിലേക്ക് പോയി ദ്വാരയ്ക്ക് നിന്ന് പോയി ഹസ്താപുരത്തിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി അവിടെ മകത്തിലേക്ക് പോയി കാട്ടിലേക്ക് പോയി അവസാനം പിന്നെയും ദ്വാരകയിലേക്ക് വന്നു ദ്വാരകയിൽ എല്ലാവരെയും മുക്കിക്കളഞ്ഞിട്ട് നേരെ പ്രഭാസ തീർത്തത് ജീവിതം മുഴുവൻ അലഞ്ഞുകൊണ്ടേ അലച്ചൽ കൃഷ്ണനും അലച്ചല് ഈ വണ്ടും അലച്ചല് ഭക്തന്മാരും അലച്ചൽ കൃഷ്ണൻ ഗോപസ്ത്രീകളെ വിട്ടിട്ടു പോയി വണ്ട് പുഷ്പത്തിനെ വിട്ടിട്ട് പോണു ഭക്തന്മാര് ഭക്തന്മാരെ വിട്ടിട്ട് സാധുക്കൾ ഭക്തന്മാരെ വിട്ടിട്ട് ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു മൂന്ന് പേര് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വണ്ട് അവിടെ വരണത് ആ വണ്ട് അവിടെ വരുന്നു ആ വണ്ടിനെ കണ്ടു ഗോപസ്ത്രീകൾ പറഞ്ഞു മധുപകിതവ ബന്ധോ മാസ്പൃശാ ഗ്രിംസപത്യാ മധുപൻ എന്ന് വെച്ചാ വണ്ട് വണ്ട് ഒരു ഗോപികയുടെ കാല് തൊട്ടു കാലു പന്തി വണ്ടേ എന്റെ കാല് പിടിക്കേണ്ട മധുപകിതവ ബന്ധോം സ്പൃശാഖ്രിം സപജാ കുജബലുളിതമാലാ കുങ്കുമശ്രുബിർണാം വണ്ടിന്റെ മീശയിലെ കുങ്കുമമുണ്ട് വണ്ടേ നീ എവിടുന്ന് വരണു കൃഷ്ണന്റെ പൂമാലയിൽ നിന്നും വരണു കൃഷ്ണന് പൂമാലയിൽ എങ്ങനെ കുങ്കുമം വന്നു കൃഷ്ണനോ ബ്രഹ്മചാരി അപ്പോ അവിടെയും മധുരാപുരിയിലും അവന് കൂടെ ധാരാളം ആളുകളുണ്ട് അപ്പൊ അവിടെ തന്നെ പോയിക്കോളുക കുങ്കുമ്മശ്രുഭിർണുപതി പ്രസാദം യദുസദസിഡംബ്യം യസ്യൂതാ ഈ തൃക്ക് ഏതൊരു തന്റെ ദൂതനോ അങ്ങോട്ടേ പോവുക ഇങ്ങോട്ട് വരങ്ങ അവന്റെ വാക്കുകൾ വിശ്വസിച്ച് ഞങ്ങൾ ഈ സ്ഥിതിയിലായി സഹൃദരസുദാം സ്വാം മോഹിനീം പായയി സുമനസൈവ സദ്യ തത്യജേ സ്മാൻ ഭവാതൃക് വണ്ടേ നന്നെ തന്നെ കൃഷ്ണൻ സുമനസ് എന്ന് വെച്ചാൽ നല്ല മനസ്സുള്ളവര്ന്നർത്ഥം സുമനസ്സഹ എന്ന് വെച്ചാൽ പുഷ്പങ്ങൾ എന്നർത്ഥം വണ്ടേ പുഷ്പങ്ങൾ തേൻ കുടിച്ചിട്ട് നീ വിട്ടിട്ട് പോകുന്ന പോലെ സാധുക്കൾ സുമനസ്സുള്ള ഭക്തന്മാരെ വിട്ടിട്ടു പോകുന്ന പോലെ കൃഷ്ണൻ ഞങ്ങളെയും തേൻകുടിപ്പിച്ചിട്ട് ആനന്ദിപ്പിച്ചിട്ട് വിട്ടുപോയി സുമനസ ഇവ സദ്യ ജേ സ്മാൻ ഞങ്ങൾക്ക് പാവം ഒരാളെ ആലോചിച്ചാലാണ് വലിയ വിഷമം തോന്നണത് ആരാന്ന് വെച്ചാൽ ആ മഹാലക്ഷ്മി ദേവി എങ്ങനെ തന്നെയാണോ ഇവനെ വിട്ടുപിരിയാതെ ഇരിക്കണം അവളുടെ പേര് നാടു മുഴുവൻ മോശമായി എവിടെ ചോദിച്ചാലും ചപലാ ചപല ചബല എന്ന് പറയണം അതാണ് ഭട്ടതിരി പറഞ്ഞത് ഭഗവാനോടുള്ള ഭക്തിയിലുള്ള അചാബല്യം കാരണം ഇവൾക്ക് ലോകത്തിലൊക്കെ ചപലാ ചപല പേര് ആരുടെടുത്ത് ഭക്തിയുണ്ടോ അവരെടുത്ത് പോയിരിക്കും ഭക്തി പോയാൽ അവരെ വിട്ടുപോകും ഇങ്ങനെയുള്ളതുകൊണ്ട് അവളുടെ പേര് ദൂഷ്യമായി ഇവൻ പേര് നല്ലതാക്കി കൊണ്ടിരിക്കണം ആ ഞങ്ങളെ പോലെ അവളും ഇവളുടെ ഇവന്റെ വാക്കൊക്കെ കേട്ട് വിശ്വസിച്ച് പരിചരതി കഥം തത് പാദപദ്മം നു പദ് അപ്പൊ വണ്ടൊണ്ടലം മൂളി എത്രയും അപ്പൊ പറഞ്ഞു കിമിഹ ബഹുഷടങ്കരേ ഗായസിത്വം ഏ ആറുകാലി എന്താണ് നീ പാടുന്നത് ആറുകാലി എന്ന് വെച്ചാ പല അർത്ഥങ്ങൾ ആറംഗങ്ങളോടുകൂടി വേദം പഠിച്ചവൻ ശാസ്ത്രം പഠിച്ച അതൊന്നും ഞങ്ങളുടെ വേദം ശാസ്ത്രം പുരാണം ഒന്നും പറയണ്ട ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും പറയുക വേണ്ട അവന്റെ കഥ ഞങ്ങൾക്ക് കേൾക്കുകയേ വേണ്ട അവന്റെ വാക്കുകൾ കഥകൾ ഒന്നും കേൾക്കണ്ട രാമായണം പറയട്ടെ എന്ന് രാമായണമേ പറയണ്ട നാണ മാനമുള്ള പെണ്ണങ്ങൾ രാമായണം കേൾക്കാൻ പാടില്ല എന്താന്ന് വെച്ചാൽ ഒരു പെണ്ണ് എന്തോ ഇവനെ കണ്ട് ആശപ്പെട്ടുകൊണ്ടു പോയി ഒരു രാക്ഷസി അതിന് അവൾക്ക് മൂക്കു മുറച്ച് മുറിച്ചു വിട്ട് സകല അംഗങ്ങളും വിച്ഛേദിച്ച് വിട്ടുവിട്ടു അപമാനം രാമായണമേ വേണ്ട എന്നാണ് അപ്പോ അതുമല്ലാതെ ഒരു കൊരങ്ങനെ കാണാതെ ഒളിച്ചിരുന്നു കൊന്നു അവന്റെ രാമായണം ഞങ്ങൾക്ക് കേൾക്കണ്ട എന്നാൽ ഞങ്ങൾ വിഷ്ണു പുരാണത്തിൽ മഹാബലിയുടെ ചരിത്രം പറയട്ടെ മഹാബലിയോ പാവം ഇതുപോലൊരു സാധു മനുഷ്യൻ വേറെ ആരും ഇല്ല ലോകത്തില് അവൻ ഇന്ദ്രസേന പേര് അച്ഛനും അമ്മയും നല്ല പേര് വെച്ചു നാട്ടുകാരൊക്കെ ഇവന്റെ ശക്തി കണ്ടിട്ട് ബലി ബലി മഹാബലി എന്ന് വിളിച്ചു അയാളും പാമൻ സന്തോഷിച്ചു നല്ല ബലമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ധരിച്ചത് പക്ഷെ ആ പേരിന്റെ ഉള്ളിലൊരു അപകടമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇവൻ വാമനനായിട്ട് മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ ആ മൂന്നടി മണ്ണെന്ന് മുമ്പിൽ വെച്ചപ്പോൾ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു അത്രേ അപ്പൊ മഹാബലി എന്ന് പറഞ്ഞു ബലി എനിക്ക് തരുന്നതാണെന്ന് പറഞ്ഞ് എടുത്തു വിഴുങ്ങിക്കളഞ്ഞുണ്ട് സാധാരണ ആരെങ്കിലും ബലി കൊടുക്കുമ്പോ കൊടുക്കുന്നതിനെയാണ് എടുക്കുക ദേവതകൾ ഇവൻ കൊടുക്കണവനെയേ വിഴുങ്ങിക്കളങ്ങ അപ്പൊ ബലിമബി ബലിമത്വാ ബലിമത്വാവേഷ്ടയദ്വാംഷവദ്യ ഇവനുമായിട്ടുള്ള സഖ്യമേ ഞങ്ങൾക്ക് വേണ്ട അലമസിതസഖ്യൈ കറുത്തവനെയേ വിശ്വസിക്കാൻ പാടില്ല ഉദ്ധവനും കറുപ്പ് വണ്ടും കറുപ്പ് കൃഷ്ണനും കറുപ്പ് അലമസിതസഖ്യൈ ഈ കറുപ്പ്സ്വാമിയുമായിട്ടുള്ള ബന്ധമേ ഞങ്ങൾക്ക് വേണ്ട എന്നാൽ അവനെ വേണ്ടാന്ന് വെക്കാം അവന്റെ കഥയെ വേണ്ടാ വെക്കാൻ വയ്യ അലമസിതാ കഥ കേൾക്കണം കേൾക്കണം എന്ന് ആശ തോന്നു പക്ഷെ കേട്ടാൽ എന്താ അപകടം ഞങ്ങളെ പോലെ ആവും ഇവന്റെ കഥ കേട്ട് കേട്ട് കേട്ട് കേട്ട് എന്താവണമെന്ന് വെച്ചാൽ കഥ കേട്ടാൽ നല്ലതാണ് മകൾക്ക് കല്യാണം കഴിയും പേരക്കുട്ടി ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും ഓരോരുത്തർ പറഞ്ഞ് കഥ കേൾക്കാൻ വരും അപ്പോൾ കഥ കേൾക്കാൻ വരുമ്പോ ഇന്നൊരു ദിവസം ഞായറാഴ്ചയല്ലേ കഥ കേൾക്കാന്ന് പറഞ്ഞ് വന്നു വന്ന സമയം നാളെയും കൂടെ ലീവ് എടുത്താ വേണ്ടില്ല എന്ന് അത് കഴിഞ്ഞാൽ ഈ കുറെ ലീവ് ബാക്കിയുണ്ട് ഈ ആഴ്ചയും കൂടെ എടുക്കാൻ തോന്നും അടുത്ത സപ്താഹത്തിന് ലീവില്ലെങ്കിലും വേണ്ടില്ല ആ പണം പോയാലും ലീവ് എടുത്തിട്ട് സപ്താഹത്തിന് ഇല്ല കുറച്ചു കഴിഞ്ഞാൽ തലമൊട്ടയടിച്ച് ഭാഗോതം കൊണ്ട് നടക്കണു എന്നാണ് അപേക്ഷിക്കും വേണ്ട വേണ്ട ഒന്നും വേണ്ട ബഹവൈഹ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തി ഗോപസ്ത്രീകൾ പറഞ്ഞു ഇവന്റെ കഥ കേട്ട് കേട്ട് കേട്ട് ഏതോ സൗഖ്യമായിട്ട് പണം സമ്പാദിച്ച് ബംഗ്ലാവ് കെട്ടിയിരുന്നു എന്ന് വെച്ചാൽ വേണ്ടില്ല ഇവന്റെ കഥ രുചിച്ച് രുചിച്ച് അവസാനം എന്താവുന്നു എന്ന് വെച്ചാൽ ദ്വന്ദ്വധർമ്മ വിനഷ്ട സുഖം ദുഃഖം തണുപ്പ് ചൂട് എല്ലാം പോയി ശീതം ഉഷ്ണം എല്ലാത്തിലുള്ള ഭാവങ്ങളൊക്കെ പോയിട്ട് കൂടുപൊട്ടിച്ച് ആകാശത്ത് പറക്കുന്ന പക്ഷികളെ പോലെ ബഹവൈഹ വിഹംഗ ഭിക്ഷുചര്യാം ചരന്തി ചിതാകാശമാവുന്ന വിഹായസില് പറക്കുന്ന എത്രയോ പക്ഷികളും ഈ ഭാഗവതം കേട്ട് കേട്ട് കേട്ട് പരമാനന്ദ ആകാശത്തിൽ പറന്നു നടക്കുന്ന പക്ഷികൾ ഇതൊക്കെ നിന്ദാസ്തുതി നിന്ദ പോലെ തോന്നും പക്ഷ സ്തുതി വൻ്റെ കഥ കേട്ട് കഥ കേട്ട് ബാക്കിയൊക്കെ മറന്നുപോയിരിക്കുന്നു ബഹവൈഹ വിഹംഗാ ഭിക്ഷുചര്യാ ഇങ്ങനെ ഗോപസ്ത്രീകൾ സ്തുതിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ അവരാ ഭാവം കുറച്ചൊന്ന് ചോട്ടിൽ വന്നപ്പോ ഉദ്ധവരോട് ചോദിച്ചു ഭഗവാൻ ഞങ്ങളെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഉദ്ധവ ഞങ്ങളെയൊക്കെ ഭഗവാൻ ചിന്തിക്കുന്നുണ്ടോ രാസക്രീഡാലുളിതലളിതം വിശ്ലദത് കേശപാശം മന്ദോദ്ഭിന്നശ്രമജലഗണും ലോപനീയം ത്വദം കരുണ്യബ്ധേ സഹതപി സമാലിംഗിത്തും ദർശയേതി പ്രേമോന്മാദുവനമദന ത്വിയ ത്വം വിലേപു ഇവിടെ മറ്റൊരു ഭാവത്തില് സ്വതന്ത്രമായിട്ട് ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥ അത്യനാശന എന്ന് കരഞ്ഞതിനെ ഇവിടെ എടുത്തു പറഞ്ഞു ഭഗവാനെ വീണ്ടും അങ്ങേ കാണാൻ കഴിയും എപ്പോ ആ അംഗം സ്പർശിക്കാൻ കഴിയും എന്ന് വിരഹതാപത്തോടുകൂടെ ഭഗവാനെ കരഞ്ഞു വിളിച്ചു ഏവം പ്രായൈ വിവശവചനൈ ആകുലാ ഗോപികസ്താ േശൈ പ്രകൃതിമനയത് സോത വിജ്ഞാനഗർ ഭൂയസ്തമതി തന്മയീവൂ തരസമനയത് കാചിദ്സരാണി ത് പ്രോദ്ഗാന സഹിതമനിശം ഗേഹകൃത്യം ത്ദ്വാത്ത പ്രസരതി മിതോത്സ്വാപലാ ചേട്ടാസ്വദുഹൃതയംവൃഷ്ടത്ര വ്യമുഹദിഗസ്മയാമോയെ ഈ ഗോപശ്രീകൾഡേ गोपस्त्री भगवा सन्द उ श्री भगवा उद्धव उच अगवाच भगवा निदा या आत्माटि वियोग सदा याग्रत स्वप्न सुषुप्ति मुदल दशक साध्यक्ष प्रकाशितो അടുത്തിരുന്നാൽ ഇത്ര കണ്ട് ധ്യാനം ഏർപ്പെടില്ല അതുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പിരിഞ്ഞെയാണ് ഇത്ര ദൂരത്തിലേർപ്പെട്ടത് ദൂരത്തിലേക്ക് വന്നത് ഇങ്ങനെ ഭഗവാന്റെ സന്ദേശത്തിനെ കൊടുത്തു ഇത് കേട്ട ഗോപസ്ത്രീകൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം ആശാ ദുഃഖത്തിന് ഹേതുവാണ് പിങ്കള പറഞ്ഞുവല്ലോ സ്വൈരിണ്യാഹ പിങ്കള പിങ്കള പറഞ്ഞു ആശാ ഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം ലോകത്തിലുള്ള ആശയമൊക്കെ വിടാം പക്ഷെ ഇവനോടുള്ള ആശയം ഉപേക്ഷിക്കാൻ വയ്യ എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ ആത്മാ ആത്മാവിനോടുള്ള ആശ പക്ഷേ ഭഗവാനോടുള്ള ആശയെ വെച്ചുകൊണ്ട് വേണം ലോകത്തുള്ള ആശയൊക്കെ ഉപേക്ഷിക്കാൻ തത്വജ്ഞാനം കൊണ്ട് അവസാനം ആ ആശയും ഉപേക്ഷിക്കുമ്പോൾ എന്ത് ബാക്കിയുണ്ടോ അത് ഭഗവാനാണ് ഇതാണ് അനുഭൂതി പരമ്പര അപ്പോ അതുകൊണ്ടാണ് ഭഗവാൻ പരമകൃപയാ ഉദ്ധവരെ പറഞ്ഞേച്ചത് അത് ഗോപസ്ത്രീകൾക്കും അറിയാം ഗോപസ്ത്രീകൾക്കും അറിയാം ഉദ്ധവരെ പറഞ്ഞു വെച്ചത് ഭഗവത് സ്വരൂപം പറഞ്ഞു കേൾക്കണം വിരഹം കൊണ്ട് തപിക്കുമ്പോ ജീവൻ ഒരേ ഒരു ആശ്വാസം സത്സംഗവും ഭഗവത് കഥകളുമാണ് അത് കേൾക്ക കേൾക്കേൾക്ക് രുചിയേറി മനസ്സ് തണുക്കും അപ്പോ ഉദ്ധവരെ ഭഗവാൻ പറഞ്ഞു വെച്ചതും അതിനു പറഞ്ഞു അയ്യോ ഇവരെ ഗോപസ്ത്രീകളുടെ ഭക്തിയെ സ്തുതിച്ചു എന്നിട്ട് ഭഗവത് സന്ദേശം കൊടുത്തു ആ സന്ദേശം കൊണ്ട് ഗോപസ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു ശ്രീശുഖാചാര്യർ ഭാഗവതത്തിൽ പറയുന്നു താഹ കൃഷ്ണ സന്ദേശി വ്യപേത വിരഹജ്വരാ ഉദ്ധവം പൂജയാം ചക്വാ ആത്മാനം അധോക്ഷജം ശ്ലോകാർത്ഥം മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും ഗോപസ്ത്രീകളുടെ വിരഹമാവുന്ന ജ്വരം നീങ്ങി എന്നാണ് വിരഹമാവുന്ന ജ്വരം കൃഷ്ണ സന്ദേശം കൊണ്ട് നീങ്ങി അവര് ഉദ്ധവനെ സാക്ഷാത് ഭഗവാന്റെ സ്വരൂപമായി തന്നെ കരുതിക്കൊണ്ട് ഉദ്ധവനെ പൂജിച്ചു ഉദ്ധവരോ ഉവാച കഥിസിൻ മാസാൻ ഗോപീനാം വിനുദൻ ശുചോപ്രീകളുടെ ദുഃഖത്തിനെ അകറ്റിക്കൊണ്ട് ഉദ്ധവര് കുറച്ചു മാസങ്ങൾ അവിടെ താമസിച്ചു അവിടെ താമസിക്കുമ്പോ എന്തു ചെയ്തു കൃഷ്ണലീല കഥാം ഗായന്ന് രമയാമാസ ഗോകുലം കൃഷ്ണലീലയെ ഗാനം ചെയ്തുകൊണ്ട് ഗോകുലത്തിനെ രമിപ്പിച്ചു ത്ഗാന അവര് തന്നെ സാധാരണ ഭഗവത് കഥകൾ പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും രസിച്ചുകൊണ്ടുമാണ് ഇരിക്കാം അങ്ങനെയുള്ള അവർക്ക് ഉദ്ധവരുടെ കഥാലാപവും കൂടെ കേൾക്കാനുള്ള അവസരമുണ്ടായി അവർക്ക് എത്ര ദിവസം ഉദ്ധവർ അവിടെ വസിച്ചോ ആ ദിവസങ്ങളൊക്കെ ക്ഷണം പോലെ പോയി എന്നാണ് ഭഗവത് ഭക്തി ആസ്വദിക്കുമ്പോ ഭക്തസംഘം ആസ്വദിക്കുമ്പോ സമയം പോകണത് അറിയുന്നില്ല അവിടെയൊക്കെ കാണുന്നതൊക്കെ വൃക്ഷങ്ങളും മരങ്ങളും പർവ്വതങ്ങളും ഓരോന്നായി ഗോപസ്ത്രീകൾ ഉദ്ധവർക്ക് കാണിച്ചു കൊടുത്തു ഇവിടെയാണ് ഗോവർദ്ധനാദ്രിയെ ഭഗവാൻ ഉയർത്തിയത് ഇവിടെയാണ് ഈ നദി കാളിന്തി നദിയിലാണ് കാളിയനെ ദർപ്പം ശമിപ്പിച്ചത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു ഉദ്ധവരും ഭഗവത് കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അവർക്ക് ഇങ്ങനെ പരസ്പരം സത്സംഗത്തിൽ രമിച്ചുകൊണ്ട് ക്ഷണം പോലെ മാസങ്ങൾ പോയി കുറച്ചു കഴിഞ്ഞ് ഉദ്ധവരെ പുറപ്പെടാനായപ്പോ ഉദ്ധവ പരമപ്രീതഹാം താഹ നമസിതം ജഗവും അവരെ നമസ്കരിച്ചുകൊണ്ട് ഉദ്ധവര് പറഞ്ഞു ഇവര് ശരീരമെടുത്തതിന്റെ പരമഭാഗ്യം ഈ ഗോപികകൾക്ക് കിട്ടിയിരിക്കുന്നു ഏതാഹ പരം തനുബൃതോ ഭൂ ഭൂവി ഗോപവധ ഗോവിന്ദയേവ നിഖിലാത്മനി രൂഢഭാവാ എന്തൊരാഴമായ അനുസന്ധാനം ഇവർക്ക് ഭഗവാനിൽ ഏർപ്പെട്ടിരിക്കുന്നു ഭാവബന്ധം ഏർപ്പെട്ടിരിക്കുന്നു ഇതാർക്ക് കിട്ടും ബ്രാഹ്മണനായി ജനിച്ചിട്ട് പോലും എന്തു പ്രയോജനം ഇത്തരത്തിലൊരു ഭക്തിയില്ലെങ്കിൽ ശാസ്ത്രപഠനം കൊണ്ട് എന്തു പ്രയോജനം ഏക്തി സകലഭുവനെ നേക്ഷിത ശ്രുതം ശാസ്ത്രൗഘൈ തപസോ നമോസ്തുയാനന്കുലം ഉപഗതം ഗോകുലാ ഉദ്ധവം ത ദൃഷ്ടൃഷ്ടോ ഗുരുപുരപതേ പാഹി മാം ആമയൂഘാത് ഇങ്ങനെ ഗോകുലത്തിലുള്ള ഭക്തി കണ്ട ഇത്തരത്തിലൊരു ഭക്തി സകല ഭുവനത്തിൽ ഒരിടത്തും എവിടെയും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കിം ശാസ്ത്രീ ശാസ്ത്രം പഠിച്ചിട്ട് എന്താ കിമിഹ തപസാ ഈ ഭക്തിയില്ലാത്ത തപസ് കൊണ്ട് എന്താണ് ഗോപസ്ത്രീകൾക്ക് നമസ്കാരം ഗോപികാഭ്യോ നമോസ്തു വന്ദേ നന്ദവ്രജസ്ത്രീ പാദരെണു മിക്ഷരികഥോദ്ഗീതം പുനതിഭുവനത്രയങ്ങനെ ഗോപസ്ത്രീകളെ നമസ്കരിച്ചുകൊണ്ട് ഉദ്ധവര് ചെന്നു ഉദ്ധവരെ ദൂരത്തു നിന്ന് കണ്ടപ്പോ തന്നെ ഇത്യാകുലമുപതം ഗോകുലാത് ഉദ്ധവം തും ദൃഷ്ട് ഹൃഷ്ടോ ഗുരുപവനപത്തെ ഗുരുപുരപത്തെ ഹേ ഉദ്ധവരെ കണ്ടപ്പോഴേ ഗുരുവായൂരപ്പ സന്തോഷിച്ചുവല്ലോ അങ് എന്നാണ് അങ്ങനെയുള്ള ഉദ്ധവരെ ഉദ്ധവദൂത് ഇത് കഴിഞ്ഞ് ജരാസന്ധൻ അനേക പ്രാവശ്യം മധുരാപുരിയെ ആക്രമിച്ചു പലവരി പലമുറ ജരാസന്ധനെ ഭഗവാൻ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടും പറഞ്ഞയച്ചു ലക്ഷക്കണക്കിന് സൈന്യത്തിന് ഓരോരുക്കെ പോകുമ്പോഴും ഇരുപത്തിമൂന്ന് അക്ഷകുണിപ്പടയെ കൂട്ടിക്കൊണ്ടുവരും അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഓരോരിക്കലും പറഞ്ഞു വെച്ചു ഭൂമിയുടെ ഭാരം ക്ഷയിപ്പിക്കാനായി ജരാസന്ധന് ആണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ആളെ കൂട്ടിക്കൊണ്ടുവരാൻ യുദ്ധത്തിന് പോയിട്ട് പലമുറ അങ്ങനെ യുദ്ധം ചെയ്തു ഇതിനിടയിൽ കാലയവനൻ ഭഗവാനോട് യുദ്ധത്തിന് വന്നു നാരദൻ പറഞ്ഞിട്ട് കാലയവനനെ കണ്ടു പേടിച്ചോടുന്ന പോലെ ഓടി ഓടി ഓടി ഭഗവാൻ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറി ആ ഗുഹയിൽ സൂര്യവംശജനായ മുചുകുന്ദ ചക്രവർത്തി മാന്ധാതാവിന്റെ പുത്രനായ മുചുകുന്ദ ചക്രവർത്തി ആ ഗുഹയിൽ കിടന്നുറങ്ങാണ് അദ്ദേഹത്തിനെ കണ്ട് കൃഷ്ണനാണെന്ന് കരുതി കാലയവനൻ കാലുകൊണ്ട് ചവിട്ടി അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയതും കാലയവനൻ ഒരു പിടി ഭസ്മം ഭസ്മമായി ആ ഗുഹയിൽ മുഴുവൻ പ്രകാശം നിറഞ്ഞിരിക്കുന്നത് കണ്ട് മുജുകുന്ദൻ ചുറ്റും നോക്കി ഇയാൾ ആരാണെന്ന് വെച്ചാൽ മുജുകുന്ദൻ ഇഷ്വാകുവംശജനാണ് ഉച്ചുകുന്ദം ച യോഗിനം എന്ന് മുൻപില് പറഞ്ഞു ഭാഗവതത്തിന് യോഗിയാണ് യോഗി വെച്ചാൽ പല സാധനകളും അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട് സാധനകളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട് ഇതിനൊക്കെ സൂചന ഭാഗവതത്തിലുണ്ട് പല സാധനകൾ അനുഷ്ഠിച്ചിട്ടും അദ്ദേഹത്തിന് പരിപൂർണമായ ബ്രഹ്മനിഷ്ഠ ഏർപ്പെട്ടില്ല മനസ്സിന് ശാന്തി ഏർപ്പെട്ടില്ല യോഗസാധനകളൊക്കെ അനുഷ്ഠിച്ചിട്ടും ശാന്തി ഏർപ്പെട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവന്മാരെ യുദ്ധത്തിൽ സഹായിക്കാനായി ദേവലോകത്തിലേക്ക് പോയി ദേവലോകത്തിൽ പോയി ദേവന്മാരെ യുദ്ധത്തിൽ സഹായിച്ചു കഴിഞ്ഞപ്പോ യുദ്ധം ജയിച്ചു കഴിയുമ്പോഴേക്കും അനേക ദേവവത്സരങ്ങൾ കഴിഞ്ഞു അപ്പോഴേക്കും ഭൂമിയിൽ അനേക കാലം കഴിഞ്ഞിരിക്കണു വർഷങ്ങൾ കഴിഞ്ഞിരിക്കണു അദ്ദേഹത്തിന്റെ ഈ ജനറേഷനൊക്കെ മാറിപ്പോയി ഇനിയിപ്പോ ഭൂമിയിൽ പോയി അദ്ദേഹത്തിന് രാജ്യമോ ഒന്നും നേടാനില്ല അപ്പൊ അദ്ദേഹത്തിനോട് ദേവന്മാർ ചോദിച്ചു അങ്ങേക്ക് എന്ത് വരമാ വേണ്ടത് ചുകുന്ദൻ പറഞ്ഞു ഭഗവാനെ ദേവന്മാരെ എനിക്ക് എന്തു വരം വേണം എനിക്ക് ആത്മജ്ഞാനം ഉണ്ടാവട്ടെ അത് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ആത്മവിദ്യ തരാൻ ഞങ്ങളാളല്ല അത് സദ്ഗുരു തന്നെ തരണം ഭഗവാനെ ഗുരുവായൂന്ന് ഉപദേശിക്കണം പിന്നെ എന്ത് കാര്യം ഇനി രാജ്യമോ മറ്റോ വേണ്ട അതൊക്കെ അഹങ്കാരത്തിന് കാരണം എവിടെങ്കിലും ഒരിടത്ത് കിടന്ന് ഉറങ്ങാം എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ അഹങ്കാരം ഉണ്ടാവണം നാല് ജപം ചെയ്താൽ ഞാൻ എന്നെപ്പോലെ ജപിക്കണവരാരും ഇല്ലാത്തോന്നു അഹങ്കാരം പോവാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്നെപ്പോലെ ഭക്തൻ ആരുമില്ലാന്ന് തോന്നുന്നു ശാസ്ത്രം പഠിച്ചാൽ എന്നെ പോലെ അറിവുള്ളവൻ ആരുല്ലെന്ന് തോന്നുന്നു എന്ത് ചെയ്താല് അഹങ്കാരം വരുന്നു അഹങ്കാരമില്ലാത്ത ഒരേ ഒരു സമയമേ കണ്ടുള്ളൂ കിടന്നുറങ്ങുമ്പോ അതുകൊണ്ട് ഭഗവാനായിട്ട് കാരുണ്യം കൊണ്ട് വന്ന് ദർശനം ചെയ്ത് എപ്പ തത്വോപദേശം ചെയ്യണു അപ്പൊ തത്വോപദേശം ചെയ്യട്ടെ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് എന്നാൽ അരമനയിലെ ബെഡ്റൂമിൽ കിടന്നുറങ്ങിക്കൂടെ എന്ന് വെച്ചാൽ അയ്യോ വേണ്ട അവിടെ ഉറങ്ങിയ രാവിലെ എണീറ്റാ രാജാവിനെ വെണിപ്പിക്കാൻ ബന്തികൾ വന്ന് പാട്ടുപാടിയിട്ട് അവിടുത്തെ മുഖം ചന്ദ്രനെ പോലെ ഉണ്ടെന്ന് പറയും അല്ലെങ്കിലെ എല്ലാവർക്കുമേ സൗന്ദര്യം മോഹം അങ്ങനെയിരിക്കുമ്പോ നാലുപേരും നമ്മളെ നോക്കി നല്ല ഭംഗിയുണ്ടെന്ന് പറയില്ലേന്ന് ആശിച്ചു കൊണ്ടാണ് ഓരോരുത്തരും തെക്ക് വടക്ക് അലങ്കരിച്ച് നടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോ ഈ കാണുന്നവരൊക്കെ നമ്മളെ സ്തുതിച്ച അതില് വേറെ തോന്നും അതുകൊണ്ട് മുജുകുന്തം പറഞ്ഞു ഭഗവാനെ ആരും കാണാത്തടത്ത് എവിടെങ്കിലും ഒരു കാട്ടിൽ ഗുഹയിൽ കിടന്നുറങ്ങി കൊള്ളാം അതിനുള്ള വരം തന്നാൽ മതി ദേവതകൾ പറഞ്ഞു ഒരാൾക്ക് വരം കൊടുക്കുമ്പോൾ ആ വരത്തോട് വേറെ പ്രാരബ്ധവും കൂടെ ബന്ധിപ്പിച്ചിട്ടേ കൊടുക്കുള്ളൂ അപ്പൊ മുജുകുന്ദനെ ആ ഗുഹയിൽ കിടന്നുറങ്ങാനായിട്ട് അനുഗ്രഹിച്ചപ്പോൾ ദേവതകൾ പറഞ്ഞു ഉറങ്ങി അങ്ങേ ആരെങ്കിലും പിടിച്ച് എഴുന്നേപ്പിച്ചാൽ നോക്കിയാൽ അവർ ഭസ്മം അങ്ങനെ ഒരു വരം മുജുകുന്ദനെ കൊടുത്തു അപ്പോൾ മുജുകുന്ദൻ അങ്ങനെയാണിത അവിടെ ഗുഹയിൽ വന്ന് കിടന്നുറങ്ങണത് കാലയവനനെ കണ്ണു തുറന്നു നോക്കിയതും ഭസ്മമായി അപ്പൊ തന്റെ മുമ്പിൽ നിൽക്കണ ഭഗവാനെ കണ്ടു ഗുഹ മുഴുവൻ പ്രകാശിച്ചു നിൽക്കണു അവിടുന്ന് ആരാണ് എന്ന് ചോദിക്കുകയാണ് അങ് ആരാണ് പദ്ദൈ നിർഗതോധാവളേച്ചേശേന അനുയാത വ വധസുഹൃതവിഹീനേന ശൈലേന്യലൈഷീ ുപ്ത അഗ്രാഹത ദ്രുതമത മുചുകുന്ദന ഭസ്മീകൃത ഭൂപായ അസ്മൈ ഗുഹന്ത സുലളിത വപുഷാ തസ്തിഷേ ഭക്തിഭാജേ ഭക്തിയോടെയിരിക്കുന്ന മുജുകുന്ദന്റെ മുമ്പിൽ ഭഗവാൻ ശങ്കചക്ര ഗതാപാണിയായിട്ട് നീലമേഘശ്യാമളനായി പ്രകാശിച്ചു മുചുക്കുന്ദനോട് ഭഗവാൻ പറഞ്ഞു എന്നെ ആര് എന്ന് ചോദിക്കണമല്ലോ ഞാൻ എന്തു പറയും ഓരോരോ അവതാരത്തിൽ എനിക്ക് ഓരോരോ പേരുണ്ട് അനേക അവതാരങ്ങൾ എനിക്കുണ്ട് എനിക്കേ കണക്കാക്കാൻ വയ്യ പക്ഷെ ഈ ജന്മത്തിൽ വസുദേവ പുത്രനായ വാസുദേവൻ എന്നെല്ലാവരും എന്നെ പറയുന്നു എനിക്ക് പല പേരുകളുണ്ട് എന്ന് പറഞ്ഞു മുച്ചുകുന്തൻ പറഞ്ഞു അങ് സാക്ഷാത് ശ്രീനാരായണൻ ഭഗവാൻ തന്നെയാണ് ഭഗവാൻ പറഞ്ഞു എന്നെ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർ ചോചിക്കരുത് ദുഃഖം ഉണ്ടാവരുത് അതാണ് ഭഗവത് ദർശനത്തിന്റെ ലക്ഷണം ഭഗവത് ദർശനത്തിന് ശേഷം എന്തൊക്കെ പ്രാരബം അനുസരിച്ച് വിഷമങ്ങൾ ഉണ്ടായാലും ദുഃഖിക്കരുത് അതിന് ഉത്തമ ഉദാഹരണം പരീക്ഷത്തെ ഉത്തമ ഉദാഹരണം ഗർഭത്തിൽ വെച്ച് കൃഷ്ണനെ കണ്ടു കൃഷ്ണനെ കണ്ട പരീക്ഷത്തിന് പ്രാരബ്ധ അനുസരിച്ചൊരു ശാപമേർപ്പെട്ടപ്പോ പോലും ദുഃഖമുണ്ടായില്ല ശാപമേർപ്പെട്ടപ്പോ പോലും ശാപം പോലും ദുഃഖ അതേപോലെ ഭഗവാൻ പറഞ്ഞു എന്നെ കണ്ടാൽ ഇനി ശോചിക്കരുത് ദുഃഖം ഉണ്ടാവരുത് എന്തു വരം വേണോ ചോദിക്കൂ ഞാൻ തരാം ആഹാ പലരും കേട്ടോണ്ടിരിക്കുമ്പോ വിചാരിക്കും നമ്മളുടെ മുമ്പിൽ വന്ന് ഗുരുവായൂരപ്പൻ ഇങ്ങനെ പറയില്ലേ എത്ര ലിസ്റ്റാണോ ഉള്ളത് ഉള്ളിൽ ചോദിക്കാനായിട്ട് എത്ര വരമുണ്ട് എന്തൊക്കെ ചോദിക്കുമായിരുന്നു മുമ്പിൽ വന്ന് വേണോന്ന് ചോദിച്ചാൽ അങ്ങനെ പറയില്ലേന്ന് ജനങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ് മുജുകുന്ദനെടുത്ത് ഭഗവാൻ വരം വേണോന്ന് ചോദിച്ചതും മുജുകുന്ദൻ കണ്ണില് കണ്ണീര് വന്നു കണ്ണീര് വിട്ടുകൊണ്ട് പറഞ്ഞു ഭഗവാനെ അവിടുന്ന് ഇങ്ങനെ ചോദിക്കരുത് വരം വേണോന്ന് ചോദിക്കരുത് മനുഷ്യൻ ആശാ പിണ്ഡമാണ് ആശ അവന്റെ ഉള്ളിലുണ്ട് ആശയെ ഇല്ലാതാക്കുന്തോറും അവന് ശാന്തി ഉണ്ടാവും അങ്ങനെയുള്ളവന്റെ അടുത്ത് പോയി എന്തൊക്കെ വേണോ ചോദിച്ചോളൂ അങ്ങനെ ആശ പെരുക്കും അതുകൊണ്ട് പ്രഭോ വരം വേണോന്ന് ചോദിക്കരുത് വിമോഹിതോയം ജനഗീഷമായയാ ത്യയാ ത്വാം നജത്യനർതൃക്ക് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ശ വഞ്ചിത ഭഗവാനെ മനുഷ്യൻ അല്ലെങ്കിലേ മായ കൊണ്ടു മോഹിതനാണ് വിമോഹിതോയം ജന ഈശമായയാ മായ കൊണ്ടു മോഹിതനായിട്ട് അവിടുത്തെ ഭജിക്കണില്ല എന്തൊക്കെയോ ചെയ്യണു എന്തിനാണോ ഇവർ ജനിച്ചത് എങ്ങോട്ട് പോണു ഒരർത്ഥമില്ല ഇവിടെ ജനിച്ചിട്ടുള്ള കോപ്രായമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവത് ഭജനമൊഴിച്ച് അനർത്ഥതൃക്ക് സുഖം സുഖം എന്ന് കരുതി ദുഃഖിക്കുന്ന വസ്തുക്കളെ ചെന്ന് ആലിംഗനം ചെയ്യും സുഖേഷു ദുഃഖപ്രഭ സുഖായ ദുഃഖപ്രഭവേഷു സഞ്ജത സുഖം സുഖം എന്ന് കരുതി ദുഃഖം മാത്രം വസ്തുക്കളിൽ ചെന്ന് വീണ്ടും വീണ്ടും വീണ്ടും വീഴും അതിൽ ഒരുത്തം വീണാ ബാക്കിയുള്ളവരൊക്കെ തനിയെ വീഴും അതാണ് ലോകത്തിന്റെ ലക്ഷണം ഗതാനുഗതികോ ലോകഹ ന ലോക പാരമാർത്തിക ലോകത്തിന് പാരമാർത്ഥികമായ ചിന്താശക്തിയേ ഇല്ല ചിന്തിച്ചിട്ട് ആരും ജീവിക്കണില്ല നാലുപേർ പോയാൽ പുറകെ പോകും നാലുപേരെന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും അത് പറയും പത്ത് പേർ സൂര്യൻ കറുത്തതാണെന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ അവൻ കറുത്തതെന്ന് പറയണം അവൻ വെളുത്തതെന്ന് പറഞ്ഞാൽ അവനെ കല്ലെടുത്തെറിയും വിഷം കൊടുക്കും അടിക്കും ഭ്രാന്തനാണെന്ന് പറയും ഏയ് നേരിട്ട് കാണ നേരിട്ട് കാണുന്നത് പ്രമാണമല്ല പത്ത് പേര് പറഞ്ഞതാണോ പ്രമാണം പത്ത് പേര് സൂര്യൻ കറുത്തതെന്ന് പറഞ്ഞിരിക്കുന്നു നേരിട്ട് കണ്ടു എന്ന് നീ മാത്രം എങ്ങനെ പറയും അങ്ങനെയാണ് ഈ ലോകത്തിന്റെ സ്വഭാവം അതുകൊണ്ട് ലോകത്തിലെല്ലാവരും അനർത്ഥത്തിലേ പോയി വീണുകൊണ്ടിരിക്കുന്നു അർത്ഥം ആരെങ്കിലും പറഞ്ഞാൽ പോലും ഔ അർത്ഥം ശ്രദ്ധിക്കാൻ പാടില്ല അർത്ഥം അനർത്ഥം അങ്ങനെ ശ്രദ്ധിക്കില്ല അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കണം അതാണ് ഒരു കുട്ടിയോട് കണക്കുമാഷ ചോയിച്ചു ഒരു വേലിക്കുള്ളിൽ പത്ത് ആടുണ്ട് അതിൽ നിന്ന് നാലാട് പുറത്തു പോയാൽ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും കുട്ടി പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മാഷ് കുട്ടിയെ അടിക്കാനായി ചൂരലെടുത്തു അപ്പൊ കുട്ടി പറഞ്ഞു മാഷെ ചൂരലൊക്കെ അവിടെ വെക്കുക നിങ്ങൾക്ക് കണക്ക് അറിയുമായിരിക്കാം പക്ഷെ എന്റെ വീട്ടിൽ ആടുണ്ട് ആടിനെ കുറിച്ച് എനിക്ക് നിങ്ങളെക്കാളും നല്ലെണ്ണം അറിയാം നാലെണ്ണം പോയാൽ ബാക്കിയുള്ളത് പിന്നാലെ പോകും അവിടെ നിൽക്കില്ല ഇതാണ് ലോകത്തിന്റെ സ്വഭാവം അവർക്കായിട്ട് സ്വേച്ഛയാ ഒരു ചിന്താശക്തി ഇല്ല ചിന്തിക്കുന്നതൊട്ട് സമ്മതിക്കൂല്ല അങ്ങനെയാണ് ലോകത്തിന്റെ സ്വഭാവം അപ്പോ ഈ ലോകം മായകൊണ്ട് മോഹിതരായിട്ട് ത്വാംന ഭജതി അനർത്ഥതർ അർത്ഥത്തിനെ ദർശിക്കാതെ സുഖം സുഖമെന്ന് കരുതി ദുഃഖിപ്പിക്കുന്ന വസ്തുക്കളിൽ വീണ്ടും വീണ്ടും ചെന്ന് വീണുകൊണ്ടിരിക്കുന്നു സുഖായ ദുഃഖ പ്രഭവേഷു സജ്ജത ഗൃഹേഷു യോഷി പുരുഷ വഞ്ചിത ഭഗവാനെ ഈ വീട് എന്ന് പറയണത് ഒരു പൊട്ടക്കിണറ് ആ പൊട്ടക്കിണറ്റിൽ ഞാൻ വീണു മനുഷ്യ ശരീരം കിട്ടാൻ എത്രയോ ജന്മങ്ങൾ എടുക്കണം എന്ന് പറയണു അങ്ങനെ ഒരു ശരീരം കിട്ടി ശരീരത്തിൽ അംഗത്തിനൊന്നും ഒരു കുഴപ്പമില്ല എന്നിട്ടും ഭജിക്കണില്ലേ രണ്ട് കൈയുമില്ല രണ്ടു കാലും ഇല്ലാതെ ഒരു സന്യാസി അവരുടെ അടുത്ത് വെച്ചുകൊണ്ടു മഹാരാഷ്ട്രത്തിൽ വെച്ച് രണ്ട് കയ്യുമില്ല രണ്ടു കാലുമില്ല അദ്ദേഹത്തിന്റെ സഹോദരനോ ആരോ കൂടെ ഇരുന്ന് ശുശ്രൂഷക്കാണ് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ ബാബാജി എങ്ങനെ ഇരിക്കണോ ചോദിച്ചപ്പോ പരമാനന്ദം പ്രഭുക്ക് കൃപായ ഭഗവാന്റെ കൃപയാണോ ആനന്ദമായിട്ടിരിക്കുന്നു എപ്പോഴും ആനന്ദം എന്ന് പറയണു ആനന്ദത്തിന് കയ്യോ കാലോ ഒന്നും വേണ്ട തലയേ വേണ്ട ശരീരമേ ഇല്ലാതെ ആനന്ദമായിട്ടിരിക്കണം ഇപ്പൊ ആനന്ദത്തിന് ഇതൊന്നുമില്ലാതെ ആനന്ദമായിരിക്കാം പക്ഷെ മനുഷ്യന് ഇതൊക്കെ കിട്ടിയിട്ടും കയ്യും കാലും ഒക്കെ അവ്യങ്കമയത്ന തോനാ അംഗത്തിന് യാതൊരു കുഴപ്പമില്ലാതെ അവ്യങ്കം അവ്യങ്കമായ ശരീരം കിട്ടിയിട്ട് അതോ യത്നിച്ച് കിട്ടിയതല്ല വെറുതെ കിട്ടിയതാണ് അതുകൊണ്ടാണ് വിലയില്ലാത്തത് വെറുതെ കിട്ടി യാതൊരു പ്രയത്നമില്ലാതെ ഇപ്പൊ സ്കൂളിലൊക്കെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂളിൽ ഉള്ളതിൽ വലിയ പൂജ്യം വാങ്ങിയവനെ നോക്കി കയറ്റിവിടും അത് പത്താം ക്ലാസ് വരെ വരെ ഇങ്ങനെ വന്ന് വന്ന് വന്ന് കഴുത്ത് അർത്തോണ്ടിരിക്കും അവിടെ അതുപോലെ ഇങ്ങനെ മേലെ മേലെ കയറണ പോലെയോ ആണോ എന്തോ ഈ മനുഷ്യജന്മത്തിലേക്കും കയറ്റി കയറ്റി കയറ്റി കയറ്റി വിടണം ഇവിടെ വന്നാൽ എന്താ പണി അരി സൂതന ഭഗവാൻ വിളിച്ചു ഭഗവത്ഗീതകൾ മലയാളത്തിൽ അർത്ഥമെടുത്താൽ അരിയെ കൊല്ലുക എന്നർത്ഥം അരി എന്ന് വെച്ചാ മണ അരി അരി കാലിയാക്കാന്നർത്ഥം അപ്പൊ ജീവിതം മുഴുവൻ അങ്ങനെ ജീവിച്ചു ഭഗവാനെ ജനോ ദുർലഭമത്രമാനുഷം കഥഞ്ചിത് എങ്ങനെ കിട്ടി എന്ന് അറിഞ്ഞില്ലേ അവ്യംഗമയത്നോനഘ പാദാരവിന്ദം ഭജതി അസന്മതി മൂഢബുദ്ധി ഭഗവത് പാദാരവിന്ദത്തിനെ ഭജിക്കാതെ കാലം മുഴുവൻ കഴിച്ചുകൂട്ടി ഗൃഹാന്ധകൂപേ പതിതോ യഥാ പശു പൊട്ടക്കിണറാവുന്ന ഈ വീട്ടിൽ വീണിട്ട് ഒരു മൃഗത്തിനെ പോലെ കാലം കഴിച്ചുകൂട്ടി ആരാ പറയണതറിയോ ചക്രവർത്തി ചക്രവർത്തിയായിട്ട് ജീവിച്ച ആൾ അദ്ദേഹം പറയണു ഭഗവാനെ എനിക്ക് കൊട്ടാരം ഉണ്ടായിരുന്നു കൈ തട്ടിയാൽ ആളുകൾ വന്ന് നമസ്കരിച്ച് എന്തു വേണം ചോദിക്കും അങ്ങനെ ഉണ്ടായിരുന്നിട്ട് ആ രാജാവ് വയസ്സുകാലത്ത് പറയണു ഭഗവാനെ ശൂന്യം കൈ ശൂന്യം ഹൃദയം ശൂന്യം ഒന്നും നേടിയില്ല എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ആളാണ് പറയണത് ശൂന്യം ഒരു സുഖസൗകര്യവും ഇല്ലാതെ പരമദരിദ്രനായി കുചേലൻ ദ്വാരകാപുരിയിൽ ചക്രവർത്തിയെ പോലെ പോയി കുചേലനെ കണ്ടിട്ട് കുചേലൻ ഭഗവാനെ കണ്ട് വികാരഭരിതനായില്ല അങ്ങനെ അനങ്ങാതെ പോയി പലവട്ടം പ്രാർത്ഥിച്ചിട്ടാണ് ദ്വാരകയ്ക്ക് പുറപ്പെട്ടത് ദ്വാരകയുടെ അടുത്താണ് കുചേലപുരി അവിടുന്ന് കുചേലൻ ദ്വാരകയ്ക്ക് അനേകവട്ടം ഭാര്യ പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം അയം ഹി പരമോ കൃഷ്ണനെ കണ്ടാൽ കൃഷ്ണൻ നാലുറുപ്യ തരുന്നു പറഞ്ഞിട്ട് പോയതല്ല കൃഷ്ണനെ കാണുക ഒരു ലാഭം എന്ന് പറഞ്ഞു പുറപ്പെട്ടു അത്രയേ ഉള്ളൂ അങ്ങനെ പുറപ്പെട്ട കുചേലൻ കൃഷ്ണനെ കണ്ട് വികാരഭരിതനായില്ല താനൊരു ദീനനാണെന്നുള്ള ഭാവം കുചേലനില്ല കുചേലൻ ചക്രവർത്തിയെ പോലെ പോകുന്നു ഭഗവാൻ ദീനനെ പോലെ കുചേലൻ്റെ അടുത്തു വരും കുചേലൻ ചക്രവർത്തിയെ പോലെ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു കുചേലന് വികാരമുണ്ടായില്ല ഭാഗവതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം സഖ്യുഹു പ്രിയസ്യ വിപ്രതിഷേഹ അംഗ സംഗ അതിനിർവൃത പ്രീതോ വ്യമുഞ്ജത്ത് അബിന്ദൂന് നേത്രാഭ്യാം പുഷ്കരക്ഷണാന് പരമഭാഗവതനായ കുചേലൻ പരമദരിദ്രനായിരുന്നിട്ടും സമൃദ്ധമായ ചക്രവർത്തിയെ പോലെ പോകുന്നു എന്താ ഭക്തി ഉള്ളിലുണ്ട് ഭഗവാൻ ഹൃദയത്തിലുണ്ട് അങ്ങനെ പോകുമ്പോ ആ കുചേലനെ ആലിംഗനം ചെയ്ത കൃഷ്ണന് അംഗസംഘം ആ വിപ് എന്താ വിശേഷണം കൊടുത്തതെന്ന് വെച്ചാൽ സുഖബ്രഹ്മ മഹർഷി പറയണം കുചേലന് എന്താണ് സ്ഥിതി എന്നുള്ളത് സുഖാചാര്യര് പറയണം സുഖാചാര്യര് പറഞ്ഞു സഖ്യുഹു സഖാവായ പ്രിയസ്യ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ വിപ്ര ഋഷേഹ ബ്രഹ്മ ഋഷിയായ ആ കുചേല ബ്രാഹ്മണനെ അംഗസംഘം അംഗത്തിന്റെ സംഘം ഏർപ്പെട്ടപ്പോ അതിനിർവൃത്ത പരമമായ നിർവൃത്തി ആര്ക്കൊണ്ടായി കുചേലനല്ല കൃഷ്ണൻ അതിനിർവൃതഹ പ്രീതഞ്ചത് അഭിന്ദുഭ്യാം പുഷ്കരക്ഷണ കൃഷ്ണൻ കണ്ണീർ വിട്ടു കുചേലിന് എന്ത് സംഭവിക്കണു എന്നറിയാതെ നിന്നു അത്ര എന്നിട്ട് രണ്ടുപേരും സംവാദം ചെയ്യുമ്പോ സുധാമാവേ എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സമൃദ്ധം ഇദ്ദേഹത്തിന് എന്ത് സമൃദ്ധം അടുത്ത നേരത്തെ ഷാപ്പാട്ടിന് വകയില്ല ഇടിച്ച് കൊണ്ടുവന്ന അവല്ല് ആയിരം കല്ല് അങ്ങനെയുള്ള സുധാമാവ് പറയണു സമൃദ്ധമായിട്ടിരിക്കണു ഭഗവാന് പൂർണ്ണം മുജുകുന്ദ ചക്രവർത്തി പറയണു മമേശകാല അജിത നിഷ്ഫലോഗത നിഷ്ഫലമായിട്ട് പോയി എന്താന്ന് വെച്ചാൽ സമ്പാദിച്ചു സമ്പാദിച്ചു സമ്പാദിച്ചു കുറെ യുദ്ധം ചെയ്തു സ്ഥാനമാനങ്ങൾ ചെയ്തു ആളുകളൊക്കെ വന്ന് നമസ്കരിക്കണം സിംഹാസനത്തിൽ ഇരുന്നു എന്നിട്ട് പറയണു ശൂന്യം ശൂന്യം ശൂന്യം ഇവിടെ സുധാമാവ് പറയണു സമൃദ്ധം എന്ന് പറയണു ഈ സമൃദ്ധി എവിടുന്ന് വന്നു ശാന്തി സമൃദ്ധം അമൃതം ഗുരോഹോ അനുഗ്രഹേണവ പുമാൻപൂർണ്ണ പ്രശാന്തൈ സദ്ഗുരുവിന്റെ കൃപകൊണ്ട് പ്രശാന്തി ഏർപ്പെട്ടു ജ്ഞാനം ഏർപ്പെട്ടു അതുകൊണ്ട് ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ്പാരമജ്ഞത്തെ കുജേല ഉപാഖ്യാനം പറയാൻ സമയം ഉണ്ടാവില്ലേ അതാണ് ഇവിടെ തന്നെ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു സുധാമാവിന് ആത്മജ്ഞാനം ഗുരുകുലത്തിൽ ഇരിക്കുമ്പോഴേ സിദ്ധിച്ചു എന്നാണ് ഭഗവാൻ സംവാദത്തിൽ പറയുന്നു സുധാമാവിന് സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിനുള്ളപ്പോ തന്നെ ബ്രഹ്മവിദ്യ പ്രകാശിച്ചു ബ്രഹ്മവിദ്യ പ്രകാശിച്ചതുകൊണ്ട് ദ്വിജോ വിജ്ഞായ വിജ്ഞയം അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞ ബ്രാഹ്മണൻ ഇരുട്ടാവുന്ന മഹാസമുദ്രത്തിനെ തരണം ചെയ്യുന്നു അങ്ങനെ തരണം ചെയ്തവർ രണ്ടു വിധത്തിലിരിക്കും ചിലർ സുധാമാവിനെ പോലെ യാതൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഏകാന്തത്തിൽ ഭഗവനം ഭഗവത്ഭജനം ചെയ്തുകൊണ്ട് ദാരിദ്ര്യം എന്ന് വെച്ചാൽ അതിലും സമൃദ്ധിയായിട്ടിരിക്കും ചിലര് എന്നെ പോലെ യഥാഹം ലോകസംഗ്രഹം ലോകത്തിന് സംഗ്രഹം ചെയ്തുകൊണ്ട് ലോകത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഭഗവാൻ തന്നെ തന്നെ അതിന് ഉദാഹരണമായിട്ട് പറയും ഒന്ന് കൃഷ്ണനെ പോലെയും ഇരിക്കാം അല്ലെങ്കിൽ കുചേലനെ പോലെയും ഇരിക്കാം ആരുടെ ഉള്ളിൽ ബ്രഹ്മവിദ്യ ഉണ്ടോ അവർ കൃഷ്ണനെ പോലെ ഇരുന്നാലും സമൃദ്ധി ശാന്തി കുചേലനെ പോലെ ഇരുന്നാലും സമൃദ്ധി അംബരീഷനെ പോലെ ഇരുന്നാലും സമൃദ്ധി കട്ടുവാങ്കനെ പോലെ ഇരുന്നാലും സമൃദ്ധി ചക്രവർത്തി ആയിരുന്ന കട്ടുവാങ്കനും രാജാവായിരുന്നിട്ട് അവസാന കാലത്ത് പറയുന്നു എനിക്ക് യാതോ ഒരു ബുദ്ധിമുട്ടില്ല ജനിച്ച മുതൽ ഇത്രകാലം വരെ ഭഗവാനെ അല്ലാതെ വേറെ ഒന്നിനും ഞാൻ ചിന്തിച്ചിട്ടില്ല കണ്ടിട്ടില്ല ചക്രവർത്തിയായിരുന്നിട്ടും അദ്ദേഹത്തിന് കുറവില്ല ഭഗവത് ഭക്തി ജ്ഞാനാനുഭവം ഉള്ളിലുള്ളതുകൊണ്ട് ആത്മസാക്ഷാത്കാരം ഏർപ്പെട്ടതുകൊണ്ട് ഇവിടെ മുജുകുന്ദ ചക്രവർത്തി പറയണു ഭഗവാനെ എനിക്ക് നിഷ്ഫലമായിട്ട് പോയിയല്ലോ എത്രയോഗ സാധന ചെയ്തു എന്തൊക്കെ സാധനങ്ങൾ അനുഷ്ഠിച്ചു എന്നിട്ടും ഹൃദയത്തിൽ പരിപൂർണമായ സമാധിശാന്തി ഏർപ്പെട്ടില്ല സമാഹിതമായില്ല ചിത്തം ഈ ശരീരം എന്ന് പറയുന്ന മൺകൊടം ഘടകുഢ്യസന്നിപെ ഘടമാണത്രേത് മൺകുടം ആ കൊടം എന്ത് വേണം അതിൽ എന്തെങ്കിലും നിറയ്ക്കണമല്ലോ എന്ത് നിരക്കണം ഭക്തിയെ നിറയ്ക്കണം ജ്ഞാനുഭവത്തിനെ നിറയ്ക്കണം അല്ലാതെ ആ മൺകുടം കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനം പട്ടണത്താർ സിദ്ധർ പാട്ടുകളിൽ സിദ്ധർ ഒരാൾ പാടി നന്ദവനത്തിലൊരാണ്ടി അവൻ നാലാറുമാതമായി കുയവനൈ വേണ്ടി കൊണ്ടുവന്താനൊരു തോണ്ടി അതെ കൂത്താടി കൂത്താടി പോട്ട് ഉടച്ചാണ്ടി ആണ്ടി വെച്ചാ ഈ ജീവൻ ഈ ജീവൻ കൊണ്ടുവന്താനൊരു തോണ്ടി തോണ്ടി എന്ന് വെച്ചാൽ കുടം അതിനെന്ത് ചെയ്യണം എന്നറിയാതെ കൂത്താടി കൂത്താടി പോട്ട് ഉടച്ചാണ്ടി ചോട്ടിലിട്ട് പൊട്ടിച്ചു വേറെ ഒരു വിധത്തിൽ ഇതിന് ഭക്തന്മാർ അർത്ഥം പറയും ആണ്ടി എന്ന് വെച്ചാൽ സാധുക്കളും സാധുക്കളും ആണ്ടിയാണ് അവരെന്ത് ചെയ്യും ശരീരമാവുന്ന കുടത്തിനെ നാമസങ്കീർത്തനം ചെയ്ത് കൂത്താടി കൂത്താടി നാമം ജപം ചെയ്ത് കൂത്താടി കൂത്താടി ഭക്തിയിൽ കൂത്താടി കൂത്താടി ലോകത്തിൽ ജീവിച്ചു എന്നുള്ളതേ അറിയാതെ ഒരു സമയം ഇട്ട് ഉടയ്ക്കും പൊട്ടിക്കും അപ്പൊ അതുപോലെ ഈ ശരീരമാവുന്ന ഘടം എനിക്ക് കിട്ടി ഭഗവാനെ ഒക്കെ വ്യർത്ഥമായിട്ട് പോയല്ലോ മൺചവര് ോ ചോറുകൊണ്ടോണ്ടാക്കിയ ചോരൻ അത് എത്ര കാലത്തേക്ക് നിൽക്കും ഇന്നക്കെ ഉണ്ടാക്കി വെച്ച ചോറ് നാളേക്ക് നാറിപ്പോണം അതുകൊണ്ട് തിന്ന ശരീരം നിക്കുവോ അതുകൊണ്ട് പുഷ്ടിപ്പെട്ട ശരീരം എത്ര കാലത്തേക്ക് ശാശ്വതമായിട്ട് നിൽക്കും അങ്ങനെയുള്ള ഈ ശരീരത്തിനെയും വെച്ചുകൊണ്ട് അലഞ്ഞലഞ്ഞ് അലഞ്ഞു അലഞ്ഞു മതിയായി ഭഗവാനെ എത്രയായാലും മനുഷ്യന് തൃപ്തി വരണില്ല ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസമായി തായ്മാനോ അഭിമാന സ്വാമികൾ ഒരു പാട്ടിൽ പറയുന്നു ആശയ്ക്കോർ അളവില്ല അഖിലമെല്ലാം ആക്ഷി ചെയ്യുന്നു ലോകം മുഴുവൻ ഭരിച്ചാലും ആശയ അവസാനിക്കില്ല കടൽ മീത് ആണിശലവേന് ഇനൈവർ കടലിൽ പോയിട്ട് ഭരിക്കണം എന്ന് വിചാരിക്കുമോ അത്രേ കടലിലുള്ളതൊക്കെ പിടിച്ചടക്കണം കുബേരന് തുല്യം പണം സമ്പാദിച്ചാൽ അളകേശൻ നിഗരാ അത്രയും സ്വർണം സമ്പാദിച്ചാലും രസവാദവിത്തക്ക് അലൈവരണം രസവാദം എന്ന് വെച്ചാൽ അൽക്കമി ഈ ചെമ്പിനെയും തകിടിനെയും ഒക്കെ സ്വർണ്ണമാക്കാൻ എന്താ വഴി നോക്കിക്കൊണ്ട് നടക്കുക അത്ര അങ്ങനെ വല്ലതും ഉണ്ട് അതും പോരാ അതും കഴിഞ്ഞ് നല്ല ആരോഗ്യത്തോടെ നെടുനാൾ വാഴിനും കായകൽപ്പ കായകൽപ്പം ചെയ്തിട്ട് വീണ്ടും ശരീരത്തിനെ നിലനിർത്താൻ പറ്റുമോ എന്ന് നോക്കും ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ ഈ ആശ അവസാനിക്കില്ല അവസാനം പശിതീരെ ഉൺപതും ഉറങ്ങുവതുമാകവയും മുടിക വേറെ നിറയ്ക്ക് ഊണ് കഴിക്കാൻ ഉറക്കം എന്ത് ഉണ്ടാവുള്ളൂ ഈ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഇങ്ങനെ നോക്കുമ്പോ ഭഗവാനോട് പ്രാർത്ഥിച്ചു അദ്ദേഹം ഭഗവാനെ മനസ്സ് പരിപൂർണമായി അടങ്ങി ശുദ്ധമായ നിശ്ചലത ആ ശാന്തി ജ്ഞാനുഭവം ഏർപ്പെടാൻ അങ്ങയുടെ കൃപ അരുൾ വേണം പാർത്തവിടമെല്ലാം ഒരു നീക്കമര നിറയുക പരിപൂർണ ആനന്ദമേ നോക്കുന്നിടത്തൊക്കെ ഒരു വ്യതിചലനമില്ലാതെ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന പരിപൂർണ വസ്തുവേ പരമാത്മ വസ്തുവേ മനസ്സ് പരിപൂർണമായി അടങ്ങി കാണുന്നതിലൊക്കെ ബ്രഹ്മമയം എന്ന് കണ്ട് പരിപൂർണ ശാന്തി അനുഭവിക്കാൻ അനുഗ്രഹിക്കണം അപ്പോ ഇവിടെ ഉച്ചുകുന്തൻ ഭഗവാനോടും പ്രാർത്ഥിക്കുന്നത് അതാണ് ഭഗവാനെ അങ്ങ് ചെയ്ത ആദ്യത്തെ അനുഗ്രഹം രാജ്യം വിട്ടുപോയി രണ്ടാമത്തെ അനുഗ്രഹം സത്സംഗം മൂന്നാമത്തെ അനുഗ്രഹം ഇതാ പ്രഭു മുമ്പിൽ വന്ന് നിൽക്കണു ഇതിനേക്കാളും മൗന്യെ മമ അനുഗ്രഹ ഈശതേ കൃതാം രാജ്യുബന്ധാപമോ യദൃച്ഛയ എനിക്കൊന്നും വേണ്ട ഭഗവാനേ വരമേ വേണ്ട നാമയേന്യം തവ പാദസേവ് അക്കിഞ്ചന പ്രാർത്ഥ്യതമാവരാൻ വിഭോ ആരാധ്യകസ്വാം ഹി അപവർഗതം ഹരേ വൃണീത ആര്യോ വരം ആത്മബന്ധനം കാമയേ അന്യം തവ പാദ സേവനാത് അകിഞ്ചന പ്രാർത്ഥ്യതമാരാൻ വിഭോ ഹേ പ്രഭോ അവിടുത്തെ പാതാരവിന്ദത്തിനെ സേവനം ചെയ്യാന്നുള്ളതല്ലാതെ പരമസാധുക്കളായി സ്വന്തമായി ഒന്നും വയ്ക്കാതെ അടുത്ത ദിവസത്തേക്ക് ശേഖരിച്ചു വയ്ക്കാതെ നടക്കുന്ന സാധുക്കൾ ധനം പോലെ അവിടുത്തെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവിടെ നടക്കും അങ്ങനെയുള്ള ആ പാതാരവിന്ദത്തിനെ സേവനം ചെയ്യാ എന്നുള്ളതല്ലാതെ ഞാൻ വേറെ ഒന്നും ആശിക്കണില്ല അങ്ങേ ആരാധിച്ച് കയ്യിൽ കിട്ടിയിട്ട് ആരെങ്കിലും അരകുറയെ എന്തെങ്കിലും ചോദിക്കോ രാജാവ് തെരുവിൽ പോകുമ്പോ ഒരാള് ഒട്ടിയ വയറോടുകൂടെ വിശന്നുകൊണ്ട് നടക്കുന്നത് കണ്ടു അയാളോട് പറഞ്ഞു മോതിരം കൊടുത്തു ഈ മോതിരം കൊണ്ടുവന്ന് നാളെ എന്റെ സദസ്സിലേക്ക് വരിക അടുത്ത ദിവസം ഇയാള് മോതിരം കൊണ്ട് കാണിച്ച ഉടനെ ഇയാളെ രാജാവിന്റെ സദസ്സിൽ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചു രാജാവ് ചോദിച്ചു ഇന്നത്തെ ദിവസം ഞാൻ വളരെ സന്തോഷത്തിലാണ് താൻ എന്തു ചോദിച്ചാലും തരാം എന്താ വേണ്ടത് ചോദിക്കൂ അയാള് കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഇന്ന് കൂട്ടാൻ വെക്കാൻ പച്ചക്കറി ഒന്നും കിട്ടിയില്ല ഒരു വഴിതിരിഞ്ഞ് തന്നാ വേണ്ടില്ല ചക്രവർത്തിയുടെ മുമ്പിൽ അന്ന് ചോദിച്ചാൽ ജീവിതം മുഴുവൻ സുഖമായിട്ടിരിക്കാനുള്ള സമ്പത്ത് മുഴുവൻ തരാൻ തയ്യാറുള്ള ആളുടെ അടുത്ത് പോയിട്ട് കൂട്ടാൻ വെക്കാൻ ഒരു വഴിതിരിഞ്ഞ് ചോദിച്ച പോലെ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് അല്പസ്വല്പമായിട്ടുള്ള വരം എന്തിനു ചോദിക്കണം അതുകൊണ്ട് ഭഗവാനെ എനിക്ക് അതൊന്നും വേണ്ട തസ്മാർജ്യാശിഷീഷ സർവത രജസ്തമസ്സത്വഗുണാനുബന്ധനാ നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാംപ്തിമാത്രം പുരുഷം പ്രജാമ്യഹം പ്രഭോ അതുകൊണ്ട് ആശകളെയൊക്കെ വിട്ട് സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളെയൊക്കെ ചിത്തത്തിൽ നിന്ന് നീക്കിയിട്ട് ഇതൊക്കെ ബന്ധനാഹ ജീവനെ ബന്ധിക്കുന്നവയാണ് ഈ ബന്ധനത്തിനെയൊക്കെ നീക്കി നിരഞ്ജനം കളങ്കലേശമേൽക്കാത്തതും നിർഗുണം സത്വരജസ്തമോ ഗുണങ്ങളാൽ ബാധിക്കപ്പെടാത്തതും അദ്വയം രണ്ട് എന്നുള്ളതിന്റെ സ്പർശം പോലും പരം ഇന്ദ്രിയങ്ങൾക്കും കാളും പരമായ മനസ്സ് മനസ്സിനെക്കാളും പരമായ ബുദ്ധി ബുദ്ധിയേക്കാളും പരമായി നിൽക്കുന്ന വസ്തു ജ്ഞപ്തിപ്തി എന്ന് വെച്ചാൽ അവബോധം അവേർനെസ് അറിവ് ആ അവബോധമാത്ര സ്വരൂപനായ അവിടുത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു എനിക്ക് തത്ോപദേശം ചെയ്ത് അനുഗ്രഹിക്കണം ചിരമിഹ വൃജിനാർത്ഥ തപ്യമാനോ അനുതാ അവിതൃഷടമിത്ര അലബ്ധശാന് കഥിത് ശരണ സമുപേതാജം പരാത്മൻ ൃതം അശോകം പാഹി മാീശ്വാകോഹം വിരക്സ് അഖിലനൃപസു കെ ത് പ്രസൈകം ഹാ ദേതി സ്തുവന്ത വര വിതരി സുതും നിസ്പൃഹം വീക്ഷ്യഹൃഷ്യൻ മുക്തേതുല്യം കാര്യം ഹിംസാവിശുദ്ധ്യാർഥലോക ഐക്ഷ്വാഗോഹം ആ ഐക്ഷാഗു ആയിട്ടുള്ള ആ വിരക്തന് യാതൊന്നിലും ആശയില്ല വരവിതതിഷു വരം എന്ന് പറയണത് ഒരു മായ അതിലുപോലും നിസ്പൃഹനായി ആശ വയ്ക്കാതെ ഭഗവത്ഭക്തിയെ മുക്തിയെ കാക്ഷിക്കുന്നു ആ ഭക്തന് മുക്തേസ്തുല്യാം ച ഭക്തി ദ ഉചുകുന്ദനോട് ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു രാജാവേ അങ്ങ് ചെയ്ത പ്രാണായാമങ്ങളൊന്നും എന്തുകൊണ്ട് പ്രയോജനപ്പെട്ടില്ലാന്ന് വെച്ചാൽ വാസനാക്ഷയിച്ചിട്ടില്ല വാസനാക്ഷയം ഏർപ്പെടാതെ പ്രാണായാമം കൊണ്ട് എന്തു പ്രയോജനം പാമ്പ് പൊത്തിന്റെ ഉള്ളിലിരിക്കുന്നു പൊത്തിന്റെ പുറകെ പുറത്തു വടികൊണ്ട് അടിച്ചിട്ട് എന്ത് കാര്യം പാമ്പ് ഉള്ളിലുണ്ട് അതുപോലെ വാസനകൾ ഉള്ളിലുണ്ട് പുറമേക്കുള്ള ശ്വാസത്തിനെ മാത്രം അടക്കിയിട്ട് എന്ത് കാര്യം വാസനാക്ഷയം ഏർപ്പെടണമെങ്കിൽ വളരെ ആഴത്തില് പോകണം വാസനകൾ ചിലത് അനുഭവം കൊണ്ടും ചിലത് ജാനം കൊണ്ടും ക്ഷയിക്കും പ്രാരബ്ധവാസനകൾ അനുഭവം കൊണ്ടും ആഗാമി സഞ്ചിതവാസനകൾ ജ്ഞാനം കൊണ്ടും ക്ഷയിക്കും ആ ആത്മജ്ഞാനം ആത്മസാക്ഷാത്കാരം പൂർണ്ണമായി അനുഭവിക്കാൻ ചില തടസ്സങ്ങൾ അങ്ങനെ ഈ ജന്മത്തിലുണ്ട് കുറച്ച് ഹിംസയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഹിംസാവിശുദ്ധിക്കായിക്കൊണ്ട് തപസ് ചെയ്യും ഭഗവത് ഭജനം ചെയ്തു ഭജനാനന്ദത്തിനെ മുച്ചുകുന്ദന് അനുഗ്രഹിച്ചു കൊടുത്തു ഭഗവാൻ അങ്ങനെ ഭജനാനന്ദം അനുഭവിച്ചുകൊണ്ട് ആ ജന്മം മുച്ചുകുന്ദൻ അങ്ങനെ കഴിച്ച് അടുത്ത ജന്മത്തിൽ പരമഭാഗവതനായി ജനിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി മുച്ചുകുന്ദൻ അങ്ങനെ മുച്ചുകുന്ദ സ്തുതി ഇത് കഴിഞ്ഞ് രുക്മിണിയെ ഭഗവാൻ എങ്ങനെ വിവാഹം കഴിച്ചു എന്നുള്ളതിനെ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ് വൈദർഭിയെ രുക്മിണിയെ എങ്ങനെ ഭഗവാൻ വിവാഹം കഴിച്ചു കൃഷ്ണകഥ കേൾക്കാൻ കൊതി തോന്നുന്നു കൃഷ്ണകഥ പറഞ്ഞുതരാം രുക്മിണി വിവാഹത്തിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ശ്രീശുഖബ്രഹ്മ മഹർഷി ആ കഥ പറഞ്ഞു രേവതിയെ ബലരാമൻ വിവാഹം കഴിച്ച ശേഷം രുക്മിണീ കഥയെക്കുറിച്ച് പറഞ്ഞു കൊച്ചുകുട്ടിയായിരിക്കുമ്പോ മുതൽ രുക്മിണി കൃഷ്ണകഥ കേട്ട് കേട്ട് കൃഷ്ണനെ ഭർത്താവായി വരിച്ചു രുക്മിണിയുടെ സഹോദരനായ ഭീഷ്മകപുത്രനായ രുക്മി രുക്മിണിയെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാനായി നിശ്ചയിച്ചു വിവാഹത്തിന് ഏർപ്പാടായ സമയത്ത് ഭഗവാനിലെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന രുക്മിണി ആപ്തനായൊരു ബ്രാഹ്മണനെ വിളിച്ച് ചിരധൃത പ്രണയാത്വാല സപതി കാംഗ സമാകുല തവ നിവേദയിം ദ്വിജമാതിശത്ത് സ്വകഥനം കഥനംഗവിനിർമ്മിതം വളരെ കാലമായി ചിരധൃത പ്രണയ ലക്ഷ്മിദേവിയുടെ സ്വരൂപമായ രുക്മിണി ഒരു ബ്രാഹ്മണനെ വിളിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞുവെച്ചു ചിലർ പറയുന്നു വ്യാഖ്യാതാക്കൾ വിശ്വാമിത്രനെയാണ് പറഞ്ഞത് അതിന് പേരൊന്നുമില്ല ഭാഗവതത്തിൽ പേരൊന്നും പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ ചന്ദ്രമതിയും ഹരിചന്ദ്രനെയും പിരിച്ചതിന്റെ ദുഃഖം കാരണം വിശ്വാമിത്രൻ പ്രായശ്ചിത്വം പോലെ രാമാവതാരത്തിൽ രാമനും സീതയ്ക്കും വിവാഹം ചെയ്യിപ്പിച്ചു അപ്പൊ കൃഷ്ണാവതാരത്തിലും അതേ വിശ്വാമിത്രനാണ് ഇവിടെ വന്നത് ഊഹം അങ്ങനെ ദ്വിജസുതോ പിജതൂർണ്ണമുപായൂ തപപുരം ഹി സ്വയം ആ ബ്രാഹ്മണൻ നേരെ ദ്വാരകയിലെത്തി ഭഗവാൻ വിശേഷമായിട്ട് അദ്ദേഹത്തിനെ ആദരിച്ച് സത്കരിച്ച് ഇരുത്തി അവിടുന്ന് വന്നതിന്റെ ഉദ്ദേശം എന്താണ് ആദിത്യസത്കാരത്തിന് ശേഷം വളരെ വിനയത്തോടെ ഭഗവാൻ ചോദിച്ചു ആ ബ്രാഹ്മണൻ ഒന്നും മിണ്ടാത്ത ആളാണ് മൗനിയാണ് അദ്ദേഹം വന്ന സന്ദേശമേ പറയുള്ളൂ അല്ലാതെ ഒരു വാക്ക് അദ്ദേഹം ഉണ്ടണില്ല രുക്മ്യുവാചാശ്രുവാ ഗുണാൻഭുനസുന്ദര ശുൺവത നിർവിശ്യകർണ്ണവിവരൈ ഹരത്തൃ ദൃശിമതാമിർത്താഭം ത്വയച്ചുത വിശതി ചിത്തമപത്രപം മേ കാ മുകുന്ദ മഹതീ കുലശീല വിദ്രവിണതധാമിരാത്മതുല് ധീരാപതി കൂലവതീന വൃണീത കാളേ നൃസിംഹ നരലോകമനോഭിരാമ തന്മേ ഭവാൻ ഖലു വൃത പതിരംഗജ ആത്മാർപ്പത ശബവദോത്ര വിഭോ വിദേഹ മാ വീരഭാഗമിമർതു ചൈദ്യ ആരാദ ഗോയു വന്നൃഗപത്തെ അമ്പുജക്ഷ പൂർത്തേതവ്രത ദ്ര ഗുർസാതിവിരല ഭഗവാൻ പരേഷ ആരാധിതോ യണി ഗൃഹ്ണാ നമഘോഷസുദാണേ नदमघोषसुदादयोन्ये ത്വമജിത ഉദ്വഹനേ വിദർ ഗുപ്ത സമേന പതിഥൈദ്യമഗേന്ദ്രബല പ്രസഹ്യ മാം രാക്ഷേന വിധി നോഹ വീര്യശുൽക്കുരാചരീ അന്തഃ പുരാച്ചീഹത്യ ബന്ധൂ വഹേ കഥമിതി ബ്രവതമ്യുവായ പൂർവേദ്യുരസ്തി മഹതി കുലദേവിയാത്രവൂ ഗിരിജമുപേയാഘ്രിപങ്കജരജസ്നവനം മഹന്തി ഉമാതിരിവ ഹത്യ്യംബു ഭുവനസുന്ദരനായ ഭഗവാനെ അവിടുത്തെ മനസ്സുകൊണ്ട് ഞാൻ പതിയായി വരിച്ചിരിക്കുന്നു കൊച്ചുകുട്ടിയായിരിക്കുമ്പോ മുതൽ തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതിമാം കില ചേതി നൃപോഥുന ശിശുപാലൻ എന്നെ ഹരിച്ചുകൊണ്ടു പോകുന്നതിന് മുമ്പ് അവിടുന്ന് വന്ന് എന്നെ രക്ഷിക്കണം ഇല്ലെങ്കിൽ എത്ര ജന്മങ്ങളായാലും ശരി ഓരോ ജന്മത്തിലും വ്രതമനുഷ്ഠിച്ച് വ്രതകൃഷയായി ഞാൻ ശരീരം ഉപേക്ഷിക്കും എന്ന് ഭഗവാനോട് പറഞ്ഞു അശരണാമിതിമാം ത്വമുപേക്ഷസേ സപതി ജീവിതമേവ ജഹാമ്യഹം ഇത് കേട്ട് ഭഗവാൻ ആ ബ്രാഹ്മണനെയും വിളിച്ച് രഥത്തിലേറി കുണ്ടിനപുരത്തിലേക്ക് വളരെ വേഗം ത്വരയോടുകൂടെ വന്നു അതുകൊണ്ടായിരിക്കും ഓടി ഓടി വായിച്ചത് അവിടെ അല്ലെ ത്വരയോടുകൂടെ വന്നു ഭഗവാൻ അങ്ങനെ കുണ്ടിനപുരത്തില് ഭഗവാൻ എത്തി ഈ ബ്രാഹ്മണനെ കാത്തുകൊണ്ട് രുക്മിണി ദേവി ഇരിക്കുന്നു ദൂരത്ത് നിന്ന് ആ ബ്രാഹ്മണനെ കാണു കണ്ടപ്പോ തന്നെ സന്തോഷിച്ചു ബ്രാഹ്മണൻ വാർത്തെ അറിയിച്ചു എന്തു നിഷ്കൃതി പ്രതികൃതി കൊടുക്കും എന്നറിയാതെ നനാമസ നമസ്കരിച്ചു വീട് നമസ്കരിച്ചു അങ്ങനെ ഭഗവാൻ വിദർഭപുരിയിലേക്ക് കുണ്ടിനപുരത്തിലേക്ക് വന്നു ബലരാമസ്വാമി പുറകെ സൈന്യങ്ങളുമായിട്ട് അവിടെ എത്തി പാർവതീദേവിയെ വന്ദിക്കാനായി രുക്മിണീദേവി ഗൗരീമന്ദിരത്തിലേക്ക് പ്രവേശിച്ചു തദണുവന്തി ശിവം വിഹിത മംഗള ഭൂഷണ ഭാസുര നിരഗമദ്ഭവദർ ജീവിത സ്വപുര പുരത സുഭാവൃത കുലവധൂരി കുമാരി ഗിരിസുത പരിപൂജ്യദരം മുഹുരയാചത തത്പദ പങ്കജേ നിപതിവല അവിടെ ചെന്ന് ഗൗരീദേവിയോട് ഉമാദേവിയോട് പ്രാർത്ഥിച്ചു നമസ്യേ ംഭിഗേക്ഷണംസന്ം ശിവം ഭൂയാത് പതിർമ്മേ ഭഗവാൻ കൃഷ്ണ തോദ കുലവധുക്കളായ സുമംഗലികളായ സ്ത്രീകൾ അനേകവിധ മംഗളവസ്തുക്കളും മധുരപലഹാരങ്ങളുമായി ദേവിയെ ക്ഷേത്രത്തിൽ നിന്നും ആനയിച്ചുകൊണ്ടുവരുന്നു പുറത്തുവന്നു രഥത്തിലേക്ക് കയറുന്നതിനു മുമ്പ് ഭഗവാൻ വന്നിട്ടുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേ അവിടുന്ന് ഗിരിജാലയത്തിൽ നിന്ന് പുറത്തുവന്നു ഭുവനമോഹന രുചാതയാ വിവശിതഖില രാജകദമ്പയാം ത്വമി സരസമേത്യ കരേണ ഹരൻ ക്ഷണാത് രഥത്തിൽ കയറാൻ പോകുമ്പോ എവിടയ്ക്കാ പോണതെന്ന് ചോദിച്ചു പിടിച്ചു ക്വനുഗമിഷ്യസി ചന്ദ്രമുഖീതി തം സരസമേത്യ ഹരൻ കരേണരൻ ക്ഷണാത് സമധിരൂപ്യരഥം ത്വമാഹൃത ബുവിതത്തോ വിതത്തോ നിനദോ ദ്വിഷാം യുദ്ധത്തിനായി രാജാക്കന്മാർ പുറകെ കൂടി ഗോപൻ ഹരിച്ചുകൊണ്ടുപോയി യുദ്ധത്തിനായി ജലാസന്ധാദികൾ വന്നു ബലരാമസ്വാമി അവരെയൊക്കെ തടസ്സം ചെയ്തു ശിശുപാലൻ ദുഃഖിച്ചു ജലാസന്തൻ അൽപ്പം ഒന്ന് സമാധാനിപ്പിച്ചു രുഗ്മി പുറകെ യുദ്ധത്തിനായി എന്റെ സഹോദരിയെ കൃഷ്ണനെ വധിച്ച് സഹോദരിയെ തിരിച്ചുകൊണ്ടുവരും എന്ന് പറഞ്ഞ് പുറകെ പോയി ഭഗവാൻ രുഗ്മിയുടെ അഹങ്കാരത്തിന് ശിക്ഷയായി അല്പം അംഗവൈരൂപ്യമൊക്കെ വരുത്തി ശിശുഭ രുമി അപമാന ഭാരം കൊണ്ട് കുണ്ടിനപുരത്തിൽ പ്രവേശിക്കാതെ പുറത്ത് ഒരു രാജ്യം ഉണ്ടാക്കി തനിക്കായിട്ടൊരു രാജ്യം നിർമ്മിച്ച് അവിടെ വസിച്ചു ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു രുക്മിണി സമേതനായി ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ വിഷ്ണുസ്വരൂപനായ ഭഗവാൻ രുക്മിണി സമേതനായി निर्जित्य भूमिपान पुरमानिय ു ഭഗവാൻ ഭീഷ്മകു ഏവ നിർജിത്യൂമിൻ गृहे വിധിവേ കുരുവഹത്സവോ നൃണമയദുപുര ഗൃഹേ ഗൃഹേ അഭൂദനന്യവാണേ യുപതൗ നൃപറനശ്ചുദ പ്രമൃഷ്ടുണ്ട പാരിബർഹമുജകു വരയോ ചിത്രവാസസോ സൃഷ്ടിപുര്യുത്തഭിന്ദ്രകേതു വിചിത്രമാല്യംബരരത്നതോ ബഭോ പ്രതിദ്പുപ്തമംഗളൈ ആ പൂർണ്ണകുംഭാഗരുധൂപദീപകൈ ൂദ്രാജൻ മഹാമോദപുരോഗം രുണ്യമയോപേതം ദൃഷ്ടിപ്പതി ഗോവിന്ദന സങ്കീർത്തനം ഉച്ചരമണിക്ക്